അഥ നവമോധ്യ രാജവിദ്യാജഗുഹ്യോഹ ഇതം ഗുഹ്യതമ പ്രവക്ഷ്യമ്യൂയേ ജ്ഞാനം വിജ്ഞാനം യാ മോക്ഷ്യുഭാ ശ്രീ ഭഗവാൻ ഉവാച ഭഗവാൻ അർജുനോട് പറയുന്നു ഇതം തുഹ്യതമം പ്രവക്ഷ്യാമി ഹേ അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യത് ജ്ഞാ മോക്ഷ്യസേ അശുഭാത് യത് ജ്ഞാ അശുഭാത് മോക്ഷ്യസേ യത് യാതൊന്നിനെ ജ്ഞാ അറിഞ്ഞിട്ട് അശുഭാത് അശുഭത്തിൽ നിന്ന് അശുഭം എന്ന് പറഞ്ഞാൽ സംസാരം തന്നെയാണ് അശുഭം അശുഭത്തിൽ നിന്ന് മോക്ഷ്യസെ നീ മോചിക്കുമോ യാതൊന്നറിഞ്ഞാലാണ് അർജുന എല്ലാ അശുഭങ്ങളിൽ നിന്നും നീ മോചിതനാകുന്നത് അതിനെ ഇതം ഗുഹ്യതമം ഏറ്റവും രഹസ്യമാർന്ന വിജ്ഞാനം തോ ഈ ജ്ഞാനത്തെയാകട്ടെ വിജ്ഞാനസഹിതം അനുഭവ സഹിതം അനസൂയവേ നീ ആരാണ് അസൂയ രഹിതനായിട്ടുള്ളവന അങ്ങനെയുള്ള നിനക്ക് ഞാൻ തേ അഹം പ്രവക്ഷയാകുന്നു ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഇത് ബോധിക്കണമെങ്കിൽ ഭഗവാൻ അർജുനനോട് പറയണു ഇൻഡയറക്റ്റായിട്ട് എന്താണ് അസൂയ ഒഴിയണം അതിപ്പം ബുദ്ധിമുട്ടാവൂ സ്വാമി െ എന്താ അസൂയ എന്ന് പറഞ്ഞാല് അസൂയ എന്ന് പറഞ്ഞ മറ്റുള്ളവന്റെ സന്തോഷത്തില് എന്താ പറയുക അതെ ഇവിടെ അനസൂയെന്ന് പറഞ്ഞ ദോഷബുദ്ധി ഇല്ലാത്തവൻ അപ്പം അസൂയ എന്ന് പറഞ്ഞാലോ ദോഷബുദ്ധി ഉള്ളവൻ എന്ത് ചെയ്താലും അതിൽ ദോഷം കാണണം നമ്മള് വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ് ഒരു സാധകർ എന്ന നിലയ്ക്ക് സാധകനുള്ള നിലയ്ക്ക് മാത്രമല്ല ഏതൊരു മനുഷ്യനും അത് വളരെ സൂക്ഷിക്കണം എന്ന് പറയാം നമുക്ക് ഈ വ്യക്തികളെ വ്യക്തികളോട് വെറുപ്പ് തോന്നുന്നു എന്തുകൊണ്ടാണെന്നറിയോ തുടക്കത്തിൽ അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി നമുക്ക് ഇഷ്ടമല്ലാതെ വരും ഇഷ്ടമല്ലാതെ വരുന്നതോടുകൂടി പിന്നെ നമ്മൾ അവരെന്ത് ചെയ്താലും അതിനെ നമ്മൾ നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് വ്യക്തിയെ വിമർശിക്കുന്നതിന് പകരം നമുക്ക് പ്രവൃത്തിയെ വിമർശിക്കാനുള്ളൊരു ശ്രമം നടത്താം നടത്തി നോക്കിയാൽ മതി മുൻപ് ഈ ആശയം പറയപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ വ്യക്തി ആരെന്ത് ചെയ്യുന്നു അതിൽ ദോഷം മാത്രം കാണാം അങ്ങനെ ദോഷം കാണാത്തവനായ നിനക്ക് ഞാൻ പരമമായ രഹസ്യം പറഞ്ഞു തരാം എന്ന് പറയുമ്പം ഈ പരമമായ രഹസ്യം ഉൾക്കൊള്ളാൻ മറ്റുള്ളതിൽ ദോഷം ദർശിക്കായിക എന്നൊരു സംസ്കാരം നമുക്ക് ആവശ്യമാണ് ഇത് നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവൾ എന്തിനാണ് ഇങ്ങനത്തെ സാരി എടുത്തത് ഇല്ലേ ഇങ്ങനത്തെ ഒരു കളറ് കണ്ണ് എന്തോ ആകുന്നു കുറച്ചുകൂടെ ഒന്ന് ലൈറ്റാക്കി കൂട്ടെ ഇല്ലേ അതാർക്കാ തോന്നുന്നത് നമുക്ക് അവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഡാർക്ക് കിട്ടാനിട്ടാ കടയിൽ അല്ലേ ഇയാൾ മുടിവെട്ടിയത് കണ്ടോ ഓ അല്ലേ അല്ലെങ്കിൽ അവരെ അത് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ എല്ലാറ്റിലും ദോഷം ദർശിക്കുക എല്ലാറ്റിലും ഒന്നൊഴിയാതെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അതെന്നെ തിരിച്ചു വരുമ്പം പറയുക സദ്യയെക്കുറിച്ചും എല്ലായിടത്തും ഗീതാജ്ഞാന യജ്ഞത്തിന് വന്ന് ഇരുന്നിട്ടും നോക്കുന്നത് അതാണ് എവിടെയാണ് കുഴപ്പം എന്ന് പറയാം എന്നാ ശരി പറയുന്ന സ്വാമിയുടെ കുഴപ്പങ്ങൾ നോക്കിക്കളയാം എന്നാല് പിന്നെ അതായി ആ പിന്നെ സ്വാമി എന്നാ ഒന്ന് ഉപദേശിക്കാം എന്നായി ഒന്നും തോന്നരുത് ഇതാണ് മുഖപുര ഇത് കേട്ട് കേട്ട് നമ്മൾ കുറെ കാലായാലും ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് സ്വാമിക്ക് ഒന്നും തോന്നരുത് അതുകൊണ്ടൊരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് അങ്ങയോടുള്ള അങ്ങേറ്റത്തെ സ്നേഹം കൊണ്ട് പറയണം ദേഷ്യം ഒന്നും കുറയ്ക്കണം അപ്പം നിങ്ങൾ ഒരാളിൽ ഒന്നും കാണണ്ട സ്വാമി എന്നല്ല ആരുടെ ഞാൻ സ്നേഹം കൊണ്ട് പറയാം നിങ്ങൾ സ്നേഹം കൊണ്ടല്ല പറയുന്നത് അസൂയ കൊണ്ട് പറയുന്നതാണ് സ്നേഹം കൊണ്ട് ഒരാൾക്കും ഒരാളുടെ ദോഷത്തെ കാണാൻ സാധ്യമല്ല കാണുമോ നിങ്ങൾ പ്രേമത്തില് നിങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് അവളുടെ എന്തെങ്കിലും ഒരു ദോഷം കണ്ടിരുന്നോ കല്യാണത്തിന് ശേഷമല്ലേ കണ്ടത് അതെ പിന്നെ എങ്ങനെയാ സ്നേഹം കൊണ്ട് പറയാൻ പറ്റുന്നത് ആരാ സ്നേഹത്തില് എന്തെങ്കിലും ദോഷം പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പ്രേമിക്കുന്ന സമയത്ത് പത്ത് മണിക്ക് വരാമെന്ന് പറഞ്ഞു പന്ത്രണ്ട് മണിയായാലും കുഴപ്പമില്ലല്ലോ ദോഷം പറയുമോ ഇല്ല ഞാൻ വൈകിയോ ഏ നീ വൈകിട്ടൊന്നുമില്ല ഞാനിപ്പ വന്നതേ ഉള്ളൂ എന്ന് അല്ലേ രണ്ടു മണിക്കൂറായി വെയിൽ കൊള്ളുന്നു വെള്ളം പോലും കുടിച്ചിട്ടില്ല വിശപ്പ് അറിയുന്നില്ല അല്ലേ അല്ലെങ്കിലോ വിശന്നിട്ട് വയ്യ മനുഷ്യന് ഒരു മണി കഴിഞ്ഞ് രണ്ട് മിനിട്ടായി കഴിഞ്ഞാൽ തന്നെ പറയാൻ തുടങ്ങും വിശപ്പറിയും ദാഹം അറിയും എല്ലാം അറിയും അതുകൊണ്ട് നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ് എന്ത് നിങ്ങളുടെ ഈ സ്വഭാവം ശരിയല്ല അപ്പൊ സ്നേഹം കൊണ്ട് ആർക്കും ഒരുവൻ്റെയും ദോഷം ദർശിക്കാൻ സാധ്യമല്ല അസൂയയിൽ നിന്നാണ് എല്ലാ ദോഷ ദർശനവും ഉണ്ടാകുന്നത് അതാണ് അസൂയർ ഭവതി ഇതി ആണ് അർജുനൻ അതുകൊണ്ട് അർജുന നീ ദോഷം ദർശിക്കാത്തവന അതുകൊണ്ട് ദോഷമില്ലാത്ത നിനക്കായിട്ട് അത് ദർശിക്കാത്ത നിനക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം പറയുന്നുണ്ട് പരഗുണേഷു ദോഷാവിഷ്കരണം അസൂയ അസൂയ എന്ന് പറഞ്ഞാൽ എന്താ പരഗുണേഷു പരന്മാരുടെ ഗുണങ്ങളിൽ എന്താ ഉണ്ടാക്കുന്നത് ദോഷാവിഷ്കരണം ദോഷത്തെ ആവിഷ്കരിക്കുന്നതിനെയാണ് അസൂയ എന്ന് പറയുന്നത് അപ്പം അവന് പരീക്ഷ കാലാണ് ഇത്രയും കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം അവൻ പറയാണ് അമ്മയെ ഊണ് കഴിക്കാൻ ഞാൻ എനിക്ക് പറ്റില്ല അമ്മ വാരി തന്നാൽ മതി അപ്പം അവനങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്നു കൈ ഫ്രീ ആയല്ലോ അത് കുഴക്കണ്ടോ അമ്മ അങ്ങനെ വാരിക്കും അത് കണ്ടിട്ടാണ് കണ്ടോ അന്ന് വഷളാക്കുന്നത് അങ്ങനെയൊന്നുമില്ല അവരുടെ അവൻ്റെ സ്നേഹം അവനപ്പോൾ കിട്ടുന്നു അവനത് അതിൽ നമ്മളെന്തിനാണ് ഇടപെടുന്നത് അങ്ങനെ അങ്ങനെയാണ് അവർ വഷളാക്കിയത് എന്നൊക്കെ പറയും ഒന്നും വേണ്ട ഒന്നിലും നമ്മൾ ഈ ഇങ്ങനെയുള്ള ദോഷങ്ങൾ കാണുകയും വേണ്ട അതൊക്കെ ഗുണങ്ങളാണ് ഓ കണ്ട അത്ര വലുതായി ആ കുട്ടിക്ക് അമ്മ കൊടുക്കുന്നു അതുകൊണ്ട് അവന് സൗകര്യം കൈ ഒന്നും കഴുകണ്ട വളരെ സൗകര്യം അവൻ എന്തെങ്കിലുമൊക്കെ അച്ചാരൊക്കെ ചോദിക്കുമ്പോൾ അമ്മ അങ്ങനെ വളരെ അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് പറയുക എല്ലാറ്റിലും ഉണ്ടൊരു അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് കാണണോ ദോഷം കാണണം ദോഷം കാണാതിരിക്കൂ ദോഷം കാഷം കാണൽ നിർത്തിയാൽ നമുക്ക് ഈ കാര്യം പിടികിട്ടും എന്തായത് പിടികിട്ടാത്തത് ഭഗവാൻ ഒൻപതാം അധ്യായത്തില കാര്യം പറയുന്നത് അത് ശരി അപ്പൊ അതാണല്ലേ സ്വാമി അതെ അത് തന്നെ എന്നാ ശരി ഞാനിനി ഗുണം കാണാം വേണ്ട ഗുണവും കാണണ്ട അതും വലിയ കുഴപ്പമാണ് ഒന്നും കാണാതിരിക്കൂ അതാണ് നല്ലത് ിലുണ്ട് നമുക്കങ്ങനെ ഒരു ഒരാൾ ഒരു എന്താ ഈ അദ്ദേഹം വളർത്തുന്ന പൂച്ച നിങ്ങൾ കേട്ടിട്ടുണ്ടോ വളർത്തുന്ന പൂച്ച ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് ചത്തുപോകും അപ്പൊ ഈ പൂച്ചയുടെ ഉടമസ്ഥനെ വിളിച്ചിട്ട് ഫോൺ ചെയ്ത് പറയുന്ന നിന്റെ പൂച്ച പത്താമത്തെ നിലയിൽ നിന്ന് താഴെ വീണ് ചത്തു പോകുന്നു അപ്പൊ അയാള് കേട്ടിട്ട് അയ്യോ ഇതെന്തൊരു ഒരു കണ്ണിച്ചോരല്ലാത്ത ഒരു പറച്ചില്ലാണെന്നാ അങ്ങനെയൊന്നും പറയാൻ പാടില്ല പിന്നെ അവകാശം ഇങ്ങനെ പറയണം പൂച്ച എഴഞ്ഞഴിഞ്ഞ് പതുക്കെ വീണു അങ്ങനെയൊക്കെ പറയണം പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം ഉണ്ടാവും അപ്പം ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ അപ്പൂപ്പൻ മരിച്ചു അപ്പോഴും ഇതുപോലെ പറയണം അപ്പൂപ്പൻ പത്താമത്തെ നിലയിൽ എഴുന്നഴിഞ്ഞ് ഒമ്പതാമത്തെ ഏഴഞ്ഞഴിഞ്ഞ് എട്ടിൽ എഴഞ്ഞ ഏഴിൽ ആറില് രണ്ടിൽ ഒന്നിൽ താഴെ കാർപ്പുറച്ചിനടുത്ത് പ്പൂപ്പൻ അങ്ങനെ കമന്നു കിടക്കുന്നുണ്ട് ദോഷമില്ലാത്ത പറിച്ചില്ല അതുകൊണ്ട് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് സത്യം ബ്രൂയാദ് പ്രിയം ബ്രൂയാദ് ന ബ്രൂയാത് സത്യം അപ്രിയം സത്യം പോലും പറയുന്നത് പ്രിയമായി പറയണമെന്ന് സത്യം പറയേണ്ടത് തന്നെ പറയും നമുക്ക് സത്യം പ്രിയമായിട്ട് പറയാൻ അറിയില്ല എന്തെങ്കിലും അപ്രിയ സത്യം അത് പറയുക എന്നുള്ളതാ ബ്രൂയാത് സത്യം അപ്രിയം സത്യം നിങ്ങൾ പറയുന്നു അത് അപ്രിയത്തെ ജനിപ്പിക്കുന്നു എങ്കിൽ അത് പറയാൻ പാടില്ല ഒരാൾ റോഡിൽ വണ്ടി ഇടിച്ച് വീണു ചെറിയൊരു ഇടിയാണ് നടത്തുന്നത് ഒരു ഓട്ടോറിക്ഷയായിട്ടാണ് ഇടിച്ചത് ആ ഇടിച്ചു വീണു അവർ തന്നെ ഓട്ടോറിക്ഷയിലിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നേരെ വീട്ടിൽ ഈ വീട്ടിൽ ഇവരുടെ വീട്ടിൽ പറയണം ആ അവരുടെ ഭാര്യയോട് പറയുക നിങ്ങളുടെ ഭർത്താവിനെ ഇടിച്ചവിടെ തീർപ്പിച്ചിട്ട് എനിക്കറിയില്ല എന്തായിരുന്നു ഏതായാലും കൊണ്ടുപോയിട്ടുണ്ട് സത്യമാണ് ഉള്ളതാ പക്ഷേ അതോടുകൂടി അവർ ഇങ്ങനെയുള്ള സത്യങ്ങളൊന്നും പറയരുത് എന്നാ അപ്പൊ നമുക്കറിയില്ല എന്താണ് പറയേണ്ടത് എന്താ പറയാൻ പാടില്ലാത്തത് എന്താ കാണേണ്ടത് എന്താ കാണാൻ പാടില്ലാത്തത് എന്നു ഭഗവാൻ പറയുന്നു മറ്റുള്ളവൻ്റെ ഗുണങ്ങളിൽ ദോഷം കാണാത്ത അങ്ങനെ ഒരു കാണാത്തവനാണ് നീ എങ്കിൽ നിനക്ക് ഈ രഹസ്യം പറഞ്ഞു തരും ഞാൻ എന്താ പറയാൻ പോണത് രഹസ്യങ്ങളുടെ രഹസ്യം ഇതറിഞ്ഞാൽ പിന്നെ നിനക്ക് എല്ലാം അറിയപ്പെട്ടതായിത്തീരും എല്ലാറ്റിൽ നിന്നും നീ മോചിതനാകും അതുകൊണ്ട് ഞാൻ ഇതിനെ അനുഭവ നിനക്ക് ഞാൻ പറഞ്ഞു തരാം ഭഗവാൻ പറയും മറ്റുള്ളവൻ്റെ ഗുണങ്ങളിൽ ദോഷം കാണാത്ത അങ്ങനെ ഒരു കാണാത്തവനാണ് നീ എങ്കിൽ നിനക്ക് ഈ രഹസ്യം പറഞ്ഞു ഞാൻ എന്താ പറയാൻ പോണത് രഹസ്യങ്ങളുടെ രഹസ്യം ഇതറിഞ്ഞാൽ പിന്നെ നിനക്ക് എല്ലാം അറിയപ്പെട്ടതായി തീരും എല്ലാറ്റിൽ നിന്നും നീ മോചിതനാകും അതുകൊണ്ട് ഞാൻ ഇതിനെ അനുഭവ നിനക്ക് ഞാൻ പറഞ്ഞു തരാം തുടർന്ന് പറയും രാജവിദ്യാരാജഗുഹ്യം ഉത്തമം രാജവിദ്യാവംഖം രാജവിദ്യ വിദ്യകളുടെ രാജാവായ ആത്മതത്വ പ്രകാശവിദ്യയായ ഇതം രാജഗുഹ്യം ഇത് ഈ ജ്ഞാനം രാജഗുഹ്യം പരമരഹസ്യം രഹസ്യങ്ങളിൽ രഹസ്യം പരമരഹസ്യമായിട്ടുള്ള ഉത്തമം പവിത്രം പരിശുദ്ധമായ ഉത്തമമായ പ്രത്യക്ഷാവഗമം പ്രത്യക്ഷമായി അറിയാവുന്നത് പ്രത്യക്ഷാവഗമം ധർമ്മ്യം ഇതെന്താണ് ധർമ്മശാസ്ത്രാനുസാരം ഉള്ളതാണ് അങ്ങനെയുള്ള ഇത് കർത്തും സുസുഖം എന്നാലോ അനുഷ്ഠിക്കാൻ അങ്ങേയറ്റം എളുപ്പമുള്ളത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടാവേണ്ട ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് കർത്തും സുസുഖം അതേ സമയത്ത് അവ്യയം നാശമില്ലാത്തത് ഇതാണ് ഞാൻ നിനക്ക് പറഞ്ഞു പോകുന്നത് അപ്പൊ പറഞ്ഞു തരാൻ പോകുന്ന വിദ്യയെക്കുറിച്ച് ഭഗവാൻ ഒന്നുകൂടെ നമ്മളെ ബോധിപ്പിക്കുകയാണ് എന്താണ് പറഞ്ഞു പോകുന്നത് ആത്മതത്വത്തെ വെളിപ്പെടുത്തി തരുന്നതാണ് മരഹസ്യമാണ് ശ്രേഷ്ഠമാണ് പരിശുദ്ധമാണ് പ്രത്യക്ഷമായി അറിയാവുന്നതാണ് ധർമ്മശാസ്ത്ര അനുസാരിയായിട്ടുള്ളതാണ് അതുപോലെ അനുഷ്ഠിക്കാൻ അങ്ങേയറ്റം എളുപ്പമുള്ളതാണ് നാശരഹിതമാണ് പോരെ ഇത്രയും പോരെ ഇങ്ങനെ ഇത്ര വിശേഷണങ്ങളുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ കിട്ടാനുണ്ടോ ഏതെങ്കിലും പരസ്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോ അല്ലേ പക്ഷെ ഈ വിഷയത്തില് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഭഗവാൻ പറയുന്നു ഇതാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്നിട്ട് കുറച്ചുകൂടെ അതിലേക്ക് എന്തൊക്കെ വേണ്ടതുണ്ട് എന്ന് ഭഗവാൻ വിസ്തരിക്കുന്നു നോക്കാം അശ്രദ്ധാനം നിവർത്തേ മൃത്യു സംസാരേ ശുതാ പരന്ത അ സ്വരൂപേ ഫലേച്ച അസ്യ ധർമ്മസ്യ ഈ ധർമ്മത്തിന്റെ സ്വരൂപേ ഫലേച്ച സ്വരൂപത്തിലും ഫലത്തിലും അശ്രദ്ധധാനാഹ ശ്രദ്ധയില്ലാത്തവന് അതിലൊരു താത്പര്യമില്ലാത്തവന് പുരുഷാഹ അങ്ങനെയുള്ള പുരുഷന്മാർ മനുഷ്യന്മാർക്ക് മാം എന്നെ മൃത്യു സംസാരവർത്മനി നിവർത്തന്തേ ഈ മൃത്യു സംസാരവർത്മനി എന്ന് പറഞ്ഞ ജരാ മരണമാകുന്ന ഈ സാഗരത്തിൽ അതിലെന്തൊക്കെയാ ജനനം മരണം ജര വ്യാധി ഇത്യാദികളൊക്കെയുള്ള ഈ സംസാര അവരെ എന്ത് ചെയ്യുന്നു നിവർത്തന്തേ നിശ്ചയമായും അവരെ അതിൽ അതിൽ വർത്തിക്കുന്നു എന്ന് പറയാം ആരാണ് അതിൽ വർത്തിക്കുന്നത് ശ്രദ്ധയില്ലാത്തവർ അവരതിൽ തന്നെയാണ് ശ്രദ്ധയുള്ളവരോ ശ്രദ്ധയുള്ളവർ ഇതിനെ മറുകര കടക്കുന്നു അപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ വേണ്ടതാണ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കാനുള്ളൊരു താത്പര്യം നമുക്കുണ്ടായിരിക്കണം വെറുതെ വിശ്വസിക്കലല്ല ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അന്വേഷണം ആ ഒരു ത്വര അടങ്ങാത്ത ഒരു ദാഹം അതാണ് ശ്രദ്ധ അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഇനി ഭഗവാൻ ഈ അധ്യായത്തിൽ ഈ അധ്യായത്തിൻ്റെ കാതലായ വശങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഭഗവാൻ രഹസ്യങ്ങളിൽ രഹസ്യവും വിദ്യകളിൽ രാജാവുമായിട്ടുള്ള വിദ്യയെ ഉപദേശിക്കുന്നു എന്ന് പറയുമ്പം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതുവരെ കേൾക്കാത്ത പുതിയൊരു ടെക്നിക്കാണ് എന്ന് കേൾക്കുമ്പോൾ തോന്നുവോ സ്വാമി ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ തോന്നുമെങ്കിൽ നല്ലതാണ് എന്താ പറയുന്നത് മയാ തദം ഇതം സർവം ജഗത് അവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി നഹം തേഷു അവസ്ഥിത മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താ അവ്യക്തമൂർത്തിന ആര് ഞാൻ ഞാൻ ദക്ഷിണാമൂർത്തിയാണ് ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞ സമർത്ഥൻ ദക്ഷിണാമൂർത്തി അമൂർത്തി എന്നാണ് മൂർത്തിയല്ലാത്തത് അവ്യക്തമൂർത്തിന വ്യക്തമല്ലാത്ത രൂപത്തോടുകൂടിയിട്ടുള്ള മയ എന്നാൽ ഇതം സർവം ജഗത് തഥ ഈ പ്രപഞ്ചം എല്ലാ ലോകവും പ്പെട്ടിരിക്കുന്നു അവ്യക്തമായ എന്നാൽ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ഭഗവാൻ പറയുന്ന രഹസ്യങ്ങളുടെ രഹസ്യമാണ് അപ്പം മനസ്സിലാക്കിക്കൊള്ളണം രഹസ്യങ്ങളുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ധ്യാനിച്ച് ഉറപ്പുവരുത്തണം ഇതൊക്കെ തുടർന്ന് പറയുന്നു സർവഭൂതാനി മസ്താനി സർവഭൂതാനി എല്ലാ പ്രപഞ്ച പ്രപഞ്ചത്തിലെ ഒന്നൊഴിയാതെ എല്ലാം മസ് സ്ഥാനി എന്നിൽ ഇരിക്കുന്നവയാകുന്നു എല്ലാം എന്നിലിരിക്കുന്നു അഹം തേഷു ഞാൻ അവയിൽ ന അവസ്ഥിതാ ച ഞാൻ അവയിലൊന്നും നിലനിൽക്കുന്നില്ല സ്വാമി ഇതൊരു മാതിരി ചൊറിഞ്ഞു കയറുന്ന വർത്തമാനാണ് ഇത് കുറച്ചു കാലമായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ ഞങ്ങൾ സഹിക്കും ഞങ്ങൾ സഹിച്ചേ മതിയാകൂ ഒന്നിൻ്റെയും ഞാൻ ഒരു പ്രകാരത്തിലും ഒരു പ്രവർത്തിതാവും അല്ല എന്ന് പറയും ഭഗവാന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് പിന്നെയോ ഞാൻ ഒന്നിൻ്റെയും ഞാൻ അനുഭോക്താവല്ല ഞാൻ പ്രവർത്തിതാവല്ല ഞാൻ അനുഭോക്താവല്ല അതുപോലെ ഞാൻ ആരാണ് പ്രകൃതിയുടെ സാക്ഷി മാത്രമാകും ഞാൻ എന്താണ് പ്രകൃതിയുടെ സാക്ഷി മാത്രം ഈശ്വരൻ എന്ന് പറയുമ്പം ഓർത്തോളണം ഇതൊക്കെയാണ് ധ്യാനിച്ചുറപ്പുവരുത്തേണ്ടത് എന്ന് പറയാം എൻ്റെ സാന്നിധ്യമാത്രയാൽ ശരീരം മുതൽ ഈ എല്ലാം ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ എല്ലാ അതായത് ആ ബോധതലത്തിലുണ്ടാകുന്ന അനുഭൂതി മുതൽ എല്ലാം എന്നിൽ സംഭവിക്കുന്നതാണ് എല്ലാം അതുകൊണ്ട് തന്നെ ഞാൻ നിത്യനാണ് ഞാൻ നിത്യനാകുന്നു ഞാനാണ് നിത്യമായ സ്ഥായിയായ പരമാനന്ദം ഇത് രഹസ്യങ്ങളുടെ രഹസ്യമാണ് കാരണം ഇത് പരസ്യമാണ് എന്നാലും നമുക്കിത് രഹസ്യമാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാവാകുന്നു എല്ലാറ്റിൻ്റെയും ആത്മാവാകുന്നു സർവജീവികളിലും അഹം സാക്ഷി ഞാൻ എല്ലാറ്റിൻ്റെയും സാക്ഷി എന്ന് എന്ന സാക്ഷിയായി വർത്തിക്കുന്നു ആ ഭാവത്തിൽ ഞാൻ നിർവ ആ സാക്ഷി വർത്തകനായി നിലനിൽക്കുന്നു എന്ന് പറയാം അങ്ങനെ ഞാൻ നിലകൊള്ളുന്നു ഈ വിഷയത്തിൽ അതായത് എന്നിലാണെല്ലാം ഒന്നിലും ഞാനില്ല ഇത് വലിയൊരാശ്വാസം തരേണ്ടതാണ് കാരണം എനിക്കാണ് എന്നിലാണ് ദേഷ്യം ഞാൻ ദേഷ്യത്തിലില്ല ഓർത്തുകൊള്ളുക അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഉപയോഗിച്ചോളൂ അതിനെയൊക്കെ പക്ഷേ നിങ്ങൾ ഓർത്ത് വയ്ക്കരുത് ഒന്നും ഓർത്ത് വയ്ക്കരുത് നിങ്ങൾക്ക് അപ്പം വേണമെങ്കിലും റിയാക്ട് ചെയ്യാം പക്ഷേ ഓർത്ത് വയ്ക്കരുത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങൾ എന്നോട് ആ കല്യാണം കഴിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് ആദ്യം വന്നിട്ട് എനിക്ക് എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നു ആ വെള്ളം ഞാൻ കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ വെച്ചപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെ ഓർത്ത് വയ്ക്കരുത് ഓർത്ത് വയ്ക്കരുത് എന്ന് പറയാം അഹം സാക്ഷി സാക്ഷിയായി അപ്പം നമ്മൾ ആരാ നമ്മൾ എന്തിലാണ് നിലകൊള്ളുന്നത് ഭഗവാൻ എന്താ പറയുന്നത് ഈ വിശ്വത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്നിലാണ് ഞാൻ അവയിലില്ല അതുകൊണ്ട് ഓർത്തോളൂ ഈ എന്തൊക്കെ കോപ്പറാറ്റി തരങ്ങൾ ഇവിടെ കാണുന്നു അതിലോ അതിലൊന്നും ഞാനില്ല പക്ഷേ അതൊക്കെ എന്നിലാണ് ഇതുപോലെ നമുക്കും ഇത് വലിയൊരു രഹസ്യമാണ് ഇതാണ് നമുക്ക് തോന്നേണ്ടത് ഇതറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇതാണ് ഭഗവാൻ പറയുന്നത് രഹസ്യങ്ങളുടെ രഹസ്യം പക്ഷേ നമുക്ക് പലപ്പോഴും അറിയില്ല ഞാൻ അവയിലില്ല എന്നെയോ അതെല്ലാം എന്നിൽ ഒന്ന് ഓർത്ത് നോക്കും ഒന്നൊന്ന് ഒന്ന് ധ്യാനിച്ചു നോക്കൂ അത് വളരെ എളുപ്പം എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെ അലോസരങ്ങളുണ്ടോ അതെല്ലാം എന്താണ് എന്നിലുണ്ടായതാ അതിൽ ഞാനുണ്ടോ അതിൽ ഞാൻ ഉണ്ടാകാൻ പാടില്ല അതിൽ ഞാൻ ഉണ്ടാകുമ്പോഴാണ് ഈ കുഴപ്പം മുഴുവൻ അവൻ എന്നെ അങ്ങനെ കാണിച്ചു അവൻ എന്നെ ഇങ്ങനെ കാണിച്ചു എന്നാലും അവൻ എന്നോട് എങ്ങനെ പെരുമാറി അല്ലേ അപ്പൊ അതിൽ ഞാൻ ഉണ്ടാകുമ്പോഴാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാനാരാണ് അഹം സാക്ഷി അഹമേ അഹം ഞാൻ ഞാനായിട്ട് അങ്ങോട്ടിരിക്കുക അതുകൊണ്ട് ഭഗവാനിവിടെ പറയും ആരാണ് ഞാൻ അഹം സർവഭൂതാനി മസ്താനി അഹം സകല ഭൂതങ്ങളിലും ഞാനുണ്ട് ഈ വിശ്വത്തിൽ എന്തൊക്കെയുണ്ടോ അതിലെല്ലാം നമ്മളുണ്ട് ഇല്ലാന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങളെ ഈ പറയുന്ന സ്വാമി ഉൾപ്പെടെ നമ്മളെല്ലാം പഞ്ചഭൂതങ്ങളാണ് അല്ലേ സയൻസിന് സമ്മതമാണല്ലോ വേദാന്തിക്കും സമ്മതം അങ്ങേ ഒറ്റ സമ്മതം ആ നിലയ്ക്ക് നോക്കുമ്പം ഞാൻ ഇതിലൊക്കെ ഉണ്ടല്ലോ അല്ലെ എന്നാൽ അതൊന്നും എന്നിലില്ല എന്ന് പറയുമ്പോൾ ഞാനാരാണ് ഞാൻ ആത്മാവാണ് അഹം ആത്മാ ഇത് രഹസ്യമാണ് രഹസ്യങ്ങളുടെ രഹസ്യമാണ് നിങ്ങൾക്ക് ചൊല്ലി തന്നാൽ ഏറ്റുമെല്ലാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ പിടികിട്ടിയാൽ വളരെ എളുപ്പമാണ് ഇവിടെ പറയണു ശങ്കരാചാര്യസ്വാമികൾ ബ്രഹ്മജ്ഞാനാവലിമാല എന്നാണ് പേര് എന്താണ് ബ്രഹ്മജ്ഞാനാവലി മാല ആചാര്യസ്വാമികളുടെ പ്രകരണ ഗ്രന്ഥം പറയുന്നു ഇതില് സകൃത് ശ്രവണ മാത്രേണ ബ്രഹ്മജ്ഞാനം യതോ ഭവേദ് ബ്രഹ്മജ്ഞാനാവലിമാല സർവേഷാം മോക്ഷസിദ്ധയേ സകൃത് ശ്രവണ മാത്രേണ ഇതിന്റെ ഒറ്റയൊന്നിന്റെ ശ്രവണം കൊണ്ട് മാത്രം എന്താണ് ബ്രഹ്മജ്ഞാനം യതോ ഭവേത് ബ്രഹ്മജ്ഞാനം ഉണ്ടാവുന്ന അങ്ങനെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ സ്വാമി ഒരു ശ്രമ ഒരു പരീക്ഷണം നടത്തുക ബ്രഹ്മജ്ഞാനാവലിമാല സർവേഷാം മോക്ഷസിദ്ധയെ അതും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മോക്ഷപ്രാപ്തിക്കായിട്ട് ഉതകുന്നതാണ് എല്ലാവർക്കും ആ പകുതിയിൽ കുട്ടികളുണ്ടാകാം അപ്പൂപ്പൻ ഉണ്ടാകാം അപ്പൂ അല്ല അപ്പൂപ്പിയല്ല അമ്മൂമ്മ ഉണ്ടാകാം ആര് വേണമെങ്കിൽ ഉണ്ടാകാം അത് ജാതി മതം ഇത്യാദികളൊന്നുമില്ല സർവേഷാം മോക്ഷ സിദ്ധയെ ചൊല്ലാം നോക്കാം എവിടെയെങ്കിലുമൊക്കെ മനസ്സ് അതെങ്ങനെ പോകുന്നുവെങ്കിൽ പോകട്ടെ അസംഗോഹമസം അസംഗോഹം പുനഃ പുന സച്ചിതോഹം അഹമേവാഹമവ്യയ മുക്ഹഹം നിരാോഹമ്യുത ഭൂമാനന്ദസ്വഹം ഭൂമാനന്ദസ്വഹം ഹമവ്യയ നിഹം നിരവദ്യോഹം നിരാോഹമ്യുത പരമാനന്ദോഹം ഹമവ്യയ ശുദ്ധൈതന്യൂപോഹം ആത്മാരാമോഹ അഖണ്ഡാനന്ദോഹം അഖണ്ഡാനന്ദോഹ അഹമേവാഹമ്യയ തീതരാത്മാഹം മധ്യതീതപരശിവ യാത പരം ജ്യോതി അഹമേവാഹമവ്യയാരൂപ്യതീതോഹം ചിതോഹമ്യുത ോഹം സുഖസ്വോഹം അഹമേവാഹമ്യയദേഹാദി ശൈകൂഹം അഹമേവാഹമവ്യയ ഗുണത്രയ വ്യതീഹം ക്ഷ്യഹം അനന്തോഹം അഹമേവാഹമവ്യയസ്വോഹം കൂടസ്വോസ്മ്യഹം പരമാത്മസ്വോഹ അഹമേവാഹമ്യയലോഹം നിഷ്ഹം സർവാത്മാദ്യ സപരോക്ഷസ്വോഹ അഹമേവാഹമവ്യയ ദ്വന്ദ്വാദിസക്ഷിഹം അജലോഹം സതനാക്ഷിസ്വോഹം അഹമേവാഹമവ്യയ പ്രന എഹം വിജ്ഞാനഘന ർത്താഹമഭോക്താഹം അഹമേവാഹമവ്യയുണ്ട് ഉറങ്ങിപ്പോവെന്നാ പേര് ഇതൊക്കെ നമ്മളെ കുറിച്ച് പറയുന്നതാ നിങ്ങളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞിരിക്കണമെന്നറിയോ ഇല്ലേ അപ്പൊ നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാല് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇതേ ഇരുപത്തൊന്ന് ശ്ലോകങ്ങളെ കൊണ്ട് നമ്മൾ ആരാണ് എന്ന് പറഞ്ഞിരിക്കുക ശങ്കരാചാര്യസ്വാമികൾ അഹമേവ അഹം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊന്നുമായി സംഘമില്ലാത്തവനാണ് ഞാൻ നിത്യനാണ് ശുദ്ധനാണ് ഞാൻ വിമുക്തനാണ് ഞാൻ നിരാകാരനാണ് ഭൂമാനന്ദ സ്വരൂപമാണ് ഞാൻ നിത്യൻ നിരവധ്യൻ നിരാകാരൻ പരമാനന്ദൻ ശുദ്ധചൈതന്യൻ ആത്മാരാമൻ അഖണ്ഡാനന്ദൻ പ്രത്യചൈതന്യൻ ശാന്തൻ ശാശ്വതാനന്ദൻ തത്വാതീതൻ പരമാത്മൻ മധ്യാതീതൻ മായാതീതൻ പരഞ്ജ്യോതി നാനാരൂപവ്യതീതോഹൻ ചിതാകാരോഹൻ എന്തൊക്കെയാണ് സുഖസ്വരൂപ മായാതത്കാര്യദേഹാദി മമ നാസ് മമ നാസ്തിയേവ സർവത ഇത്യാദിയൊന്നും എന്നിൽ ഒരു കാലത്തും ഇല്ല എന്ന് പറയും ഏത് ഈ മായ അതിൻ്റെ കാര്യങ്ങൾ ഒന്നും ഞാൻ ആരാണ് സ്വപ്രകാശൈകരൂപോഹം അഹമേവ അഹം ഇതിലങ്ങോട്ട് എന്താ അമർന്നിരുന്നോളാണ് പറയുന്നത് ഭഗവാനിവിടെ അഹം തേഷുന്ന അവസ്ഥിത ഞാൻ അതിലൊന്നുമില്ല പിന്നെ ഞാൻ ഏതിലാ ഉള്ളൂ ഞാനിത് ഇതാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞിരിക്കണതെന്നറിയോ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 നമ്മളെ കുറിച്ചാണ് ഭഗവാനെക്കുറിച്ച് എന്ന് പറയുമ്പം ഓർത്തുള്ള തുടർന്ന് ഭഗവാൻ വീണ്ടും പറയണം ഭൂതമൈ ഭൂതൃന്ദൂതമാനസ്തൂ പശ്യമേ യോഗം ഐശ്വരം ഭൂതഭൃത് നൂതസ്ഥ മമാത്മാ ഭൂതഭാവന ഭൂതാനി മസ്താനിച്ച് നവന്തി ഭൂതാനി ഭൂതങ്ങൾ മത്സ്താനി എന്നിലിരിക്കുന്നവയായും നവന്തി എന്നിലിരിക്കുന്നവയായി അത് ഭവിക്കുന്നില്ല നമേ എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞാൽ പരമാത്മാവിൻ്റെ ഐശ്വരം യോഗം പശ്യ മോനെ അർജുന നീ എന്റെ ഐശ്വരം യോഗം ഐശ്വര്യമാർന്ന യോഗത്തെ ആ എന്താ ചേർച്ചയെ യോഗം ഞാൻ എങ്ങനെയാണ് ചേർന്നിരിക്കുന്നത് ഐശ്വരം യോഗം ചേരാതെ ചേരുക അങ്ങനെയുള്ള എന്റെ യോഗത്തെ ത്വം പശിയ നീ നോക്കൂ കണ്ടോളൂ ഭൂതബൃദ് ഞാൻ ഭൂതത്തിൻ്റെ ഭരണകർത്താവ് എങ്കിലും എന്റെ ആത്മാവ് ഭൂതഭാവന ഭൂതസ്ഥ നജ എന്റെ ആത്മാവ് ഭൂതങ്ങളെ തോന്നിക്കുന്നുവെങ്കിലും ഭൂതസ്ഥ നജ ഭൂതങ്ങളിൽ ഇരിക്കുന്നതല്ല അങ്ങനെ ഞാൻ നിലകൊള്ളുന്നത് നീ കാണും അപ്പൊ എനിക്ക് വേറിട്ടൊരു നിലനിൽപ്പുണ്ട് ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല ഈ പറഞ്ഞ എന്താ ഇതില് ആചാര്യസ്വാമികൾ അവസാനം പറയുന്നുണ്ട് ഇതി വേദാന്ത ഡിണ്ടിമഹ ഇതി വേദാന്ത ഡിണ്ടിമഹ എന്ന് പറഞ്ഞാൽ ഇതാണ് വേദാന്തത്തിന്റെ പെരുമ്പറ ഘോഷം വേദാന്തത്തിന് പെരുമ്പറ കൊട്ടി പാടാനുള്ളത് നിങ്ങൾ ആരാണ് എന്നുള്ള കാര്യത്തില്ല അപ്പൊ നമ്മൾ ഇതൊന്നുമല്ല എന്നാണ് അത്ര വേദാന്തത്തിന് പറയാനുള്ളത് എന്താ ഭഗവാൻ ഇവിടെ പറയുന്നത് എന്റെ ഐശ്വര്യത്തെ കാണും ഇത് കാണാൻ എന്താ ഇത് കാണാൻ പറഞ്ഞാൽ നമുക്കിത് കാണാനും പറ്റില്ല അതൊക്കെയാണ് ഇതിന്റെ രഹസ്യം ചില രഹസ്യങ്ങളൊക്കെ പരസ്യമാക്കിയാൽ വലിയ ബുദ്ധിമുട്ടാണ് ഒരിക്കലും ഒരാള് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല വളരെ ആലോചിക്കാൻ നല്ല രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഈ ഉറുമ്പിന് ട്രെയിൻ ചെയ്യിച്ചിട്ടുള്ള ആളാണ് ഉറുമ്പിനെ അപ്പൊ അദ്ദേഹത്തിന് ഡാൻസ് കളിക്കുന്ന ഉറുമ്പുണ്ട് ഉറുമ്പ് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ അങ്ങനെ ഒരു ഉറുമ്പുണ്ടെന്ന് പറയും അപ്പൊ ഈ ഉറുമ്പ് ഡാൻസ് കളിക്കുന്നത് എങ്ങനെയാണ് കാണുക അത് കാണാൻ ഒരാൾക്ക് ഒരു രണ്ടുപേര് കൂടി നിന്ന് കഴിഞ്ഞാൽ ആ ഷോ അങ്ങോട്ട് കഴിഞ്ഞു പോവും അതുകൊണ്ട് അതിനെ വലിയൊരു ഉറുമ്പിനെ ഒരു പ്രത്യേക ഒരു ഇതാ ഇതുപോലെ സാധനത്തിൽ ഇങ്ങനെ നടക്കുക അങ്ങനെ ഉറുമ്പ് ഡാൻസ് കളിക്കുന്ന ലെൻസൊക്കെ വെച്ച് സൂം ചെയ്തിട്ട് അങ്ങനെ സ്ക്രീനിൽ കാണിക്കും അങ്ങനെയുള്ള ഷോ ഉണ്ട് ലോകം മുഴുവൻ ഈ പരിപാടി അങ്ങനെ നടക്കും അത് ഭയങ്കര രസമാണ് ഉറുമ്പിങ്ങനെ രണ്ട് കൈയൊക്കെ പോക്കി ഇങ്ങനെ വെച്ചു ഒറ്റ കാലിലൊക്കെ നിന്നിങ്ങനെ കറങ്ങി പിന്നെ ഇങ്ങനെ പല കളികളൊക്കെ ഉണ്ട് ഉറുമ്പിൻ്റെ കൈ ഇതൊക്കെ കണ്ടിട്ടില്ലേ ഒറ്റ കാലിലൊക്കെ നിന്ന് കറങ്ങും പിന്നെ അതുപോലെ കാക്കം മറിഞ്ഞ് കരണം മറിഞ്ഞു പല ഡാൻസൊക്കെ ഇങ്ങനെ അപ്പൊ അതിനനുസരിച്ച് പാട്ടുണ്ട് അപ്പൊ ഉറുമ്പിങ്ങനെ പോയി കൈപൊക്കി അവിടുന്ന് ഇങ്ങനെ വന്നു ഭയങ്കര രസാശ അങ്ങനെ ലോകം മുഴുവൻ ഇത് അവതരിപ്പിക്കുന്ന ഒരാൾ അങ്ങനെ അദ്ദേഹം വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അദ്ദേഹം ഒരു രാജ്യത്ത് തങ്ങിയതിനു ശേഷം അടുത്ത രാജ്യത്തിലേക്ക് അദ്ദേഹം പോവാൻ പോവാണ് അപ്പൊ നല്ലൊരു ക്രിസ്റ്റൽ ഒരു പാത്രത്തിലാണ് ഈ ഉറുമ്പിനെ അദ്ദേഹം സൂക്ഷിക്കുക അതിന് പ്രത്യേക ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം അവിടെ സുഖം എന്താ താമസിക്കുക അപ്പം അവിടുത്തെ റൂം പോയ അപ്പം റൂം പോയി നല്ലൊരു പയ്യൻ മിടുക്കൻ ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടം തോന്നി അപ്പം അദ്ദേഹം ആലോചിച്ചു പാവം ഇവനിങ്ങനെയുള്ള ഷോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ലല്ലോ ഇതുവരെ അപ്പോൾ എല്ലാം നന്നായിട്ട് അദ്ദേഹത്തിന് ചെയ്യുന്നു അപ്പം അദ്ദേഹത്തിന് തോന്നി ഇവൻ ഈ ഷോ ഒന്ന് കാണിച്ചു കൊടുക്കാം അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഈ ഉറുമ്പിനെടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ട് ആ അദ്ദേഹത്തിൻ്റെ സി ഡി പ്ലയറിൽ അത് അപ്ലൈ ചെയ്തു എന്നിട്ട് അപ്ലൈ ചെയ്തപ്പോഴേക്ക് അതിനോട് സ്റ്റാർട്ട് പറഞ്ഞു അപ്പോൾ അതങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുക അപ്പം അപ്പോഴാണ് ഈ റോം ഈ റൂം പോയി വന്നത് വന്നിട്ട് അദ്ദേഹം പറ നോക്കാൻ പറഞ്ഞു അവൻ നോക്കി ആ ഒരു ഉറുമ്പ് അവനൊരു മാഗസീൻ എടുത്തോളാം അടിയടി സോറി സാറിന് അത് ചോദിച്ചു ഈ ഹോട്ടൽ ഈ മാശയിൽ ഉറുമ്പിനെ കണ്ടിട്ട് അയാൾ പറഞ്ഞ ഇതെന്റെ ഈ ഉറുമ്പ് കൂടെ പശ്യനെ യോഗ മരിച്ചു തരാം കഴിഞ്ഞു അവനൊരു പറഞ്ഞു നിക്ക് വിഷമായ ഉറുമ്പ് മരിച്ചു അങ്ങനെ സംഭവിക്കേ നമ്മളെ സംബന്ധിച്ച് ഭഗവാന്റെ യോഗമായ അത് എങ്ങനെയാ ഭഗവാൻ നിലകൊള്ളുന്നത് കാണേണ്ടത് പ്രകൃതിയിൽ അതായത് ഒരു പനിനീർ പുഷ്പത്തിൻ്റെ ഗന്ധം മുല്ലയുടെ ഗന്ധം അതിൻ്റെ നിറം വൈവിധ്യമാർന്നത് എന്തൊക്കെ ഭൂമിയിലുണ്ടോ ഓരോന്നിൻ്റെ എന്താ രുചി ചിലത് എന്താ എരു എരിവാണെങ്കിൽ ചിലതിന് മധുരം ചിലതിന് ചവർപ്പ് ഇതൊക്കെ ഭഗവാൻ ഇങ്ങനെ ചേരാതെ ചേർന്ന് നിൽക്കല പ്രകൃതിയിലെല്ലായിടത്തും കാണാം ഇത് ചേരാതെ ചേർന്ന് നിൽക്കുന്നത് ഓരോന്ന് വലിയ അത്ഭുതമല്ലേ ഇത് ഇങ്ങനെ ഭഗവാന്റെ യോഗമായയേ നീ കാണൂ നമ്മളിത് കാണുന്നുണ്ടോന്നാ ഭൂതങ്ങൾ എന്നിലിരിക്കുന്നവയായി ഭവിക്കുന്നില്ല എൻ്റെ ഐശ്വര്യമായ യോഗത്തെ ആ വൈഭവത്തെ ഞാൻ ചേർന്ന് നിൽക്കുന്നതിനെ കാണൂ അർജുന ഞാൻ ഈ ഭൂതങ്ങളിൽ ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഇതിൽ ഉണ്ട് ഇല്ല എന്നൊരു ഭാവം എനിക്കുണ്ട് എന്നിലാണ് ഇതെല്ലാം ആ എന്നെ നീ കാണൂ നമ്മൾ കാണാത്തതും ഇതാണ് തുടർന്ന് ഭഗവാൻ എങ്ങനെ ഞാൻ നിലനിൽക്കുന്നു ഇത്യാദി കാര്യങ്ങൾ ഭഗവാൻ ഇനിയും വിസ്തരിക്കുകയാണ് ഈ വിസ്താരം നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് ഇതുവരെ പറഞ്ഞത് തന്നെ ചിലപ്പം ചില കാര്യങ്ങൾ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ വിസ്തരിച്ച് നമുക്ക് ഈ അധ്യായത്തെ കാണാം ഭഗവാൻ അർജുനോട് പറയുന്നു അല്ലയോ അർജുന അസൂയ നീങ്ങിയിട്ടുള്ള നിനക്കായിട്ട് ഞാനിത് പറഞ്ഞു തരാം ഏതൊന്ന് അറിഞ്ഞാലാണോ ഇനി എന്തെങ്കിലും അറിയണം എന്ന് തോന്നാതെ എല്ലാം അറിഞ്ഞു എന്ന അനുഭവം നിനക്കുണ്ടാകുമെന്ന് പറയാം മാത്രമല്ല അതുകൊണ്ട് നീ ഇത് കേട്ട് വിഷമിക്കുകയൊന്നും വേണ്ട വളരെ എളുപ്പമാണ് കാര്യം അറിയണോ ഇത് ഉത്തമം പവിത്രം പ്രത്യക്ഷാവഗമം ധർമ്മ്യം കർത്തും സുസുഖം അവ്യയം അപ്പൊ നമ്മള് ഭഗവത്ഗീതയെക്കുറിച്ച് എന്തൊക്കെയാണോ ധരിച്ചു വെച്ചിട്ടുള്ളത് ഭഗവത്ഗീത പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണെന്നല്ലേ നമ്മൾ എപ്പോഴും പറയാറ് ഇല്ലേ ഗീത സ്വാമി പറയാൻ സൗകര്യമാണെന്നല്ലേ പറയുക ഇല്ലേ ഗീതയൊക്കെ പറഞ്ഞു നടക്കാം സ്വാമിമാർക്കൊക്കെ ഇപ്പൊ എന്താ ഗീത പറഞ്ഞു നടക്കുന്നതിന് അതൊന്നും നടപ്പില് നടക്കൂല സ്വാമി ഇല്ലേ അപ്പൊ ഇതവിടെ ഭഗവാൻ പറയുന്നു എന്താണ് പറയുന്നത് സുസുഖം കർത്തും സുസുഖം ചെയ്യുന്നതിന് ഏറ്റവും എളുപ്പമാണ് അതിൽ യാതൊരു വിഷമവും ഇല്ല എന്നാൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ ശ്രദ്ധ ഉണ്ടായിരിക്കണം ശ്രദ്ധയില്ലാതെ ഏത് കാര്യവും ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റുക ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ നമുക്ക് പൊട്ടു തൊടുന്നതിന് വേണ്ട ശ്രദ്ധ വേണ്ടേ ചെറിയൊരു കാര്യമാണെങ്കിലും എത്രയോ വർഷമായി ഒരമ്പത് വയസ്സ് പ്രായമുള്ള ഒരമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ ആ അമ്മയാണ് അച്ഛൻ അധികം പൊട്ടു തൊടേണ്ടി വരില്ല അമ്മ കണ്ണാടിയില്ലാതെ അവർക്ക് പൊട്ടു തൊടാൻ പറ്റൂ ഇനി കണ്ണാടി ഇല്ലാതെ പൊട്ടു തൊട്ടു എങ്കിൽ തന്നെ ഒരു ഒരു എന്താ പറയാ ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല ഇവൻ അമ്പലത്തിൽ പോലും കണ്ണാടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന എന്തിനാ ചന്ദനം തൊടാൻ വേണ്ടിയിട്ട് അപ്പൊ കണ്ണാടി വെച്ചതോട് കൂടിയിട്ട് അമ്പലത്തിൽ ഈ ഭിത്തിയിൽ ചന്ദനത്തിന്റെ ഇത് കുറഞ്ഞു തുടങ്ങി അവർ നെറ്റിയിൽ തേക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് കൂടുതൽ അവിടെയായിരുന്നു അപ്പൊ ഒരു പൊട്ടു തൊടുന്നതിന് പൊട്ടു തൊടുന്നതിൽ നമുക്ക് എന്ത് വേണം ശ്രദ്ധ വേണം അപ്പൊ ഈ വിഷയത്തിലോ അങ്ങേറ്റവും ശ്രദ്ധ വേണം ഏത് കാര്യത്തിലും ശ്രദ്ധ വേണം എന്നില്ല ശ്രദ്ധയുള്ളവനെ എന്തും നേടാൻ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു അശ്രദ്ധധാന ശ്രദ്ധയില്ലാത്തവൻ്റെ കാര്യത്തിൽ അവന് അവൻ്റെ ജീവിതം തന്നെ വെറുതെയാണെന്ന് പറയാം അതുകൊണ്ട് അവൻ എന്താ മൃത്യു സംസാരവർത്മനി അവൻ മൃത്യുവിൽ ഇങ്ങനെ പുനരഭിജനനം പുനരഭിമരണം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു തുടർന്ന് ഭഗവാൻ ഭഗവാന്റെ എന്താ ഈ അധ്യായത്തിന്റെ രഹസ്യം പരസ്യമായിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങി എന്താണ് അവ്യക്തമൂർത്തിനാ മയ ഇതം സർവം ജഗത് തദം സർവഭൂതാനി മസ്താനി അഹം തേശു ന അവസ്ഥിത എല്ലാം എന്നിലാണ് ഞാൻ ഒന്നിലും നിലനിൽക്കുന്നില്ല നജമസ്താനി ഭൂതാനി പശ്യമേ യോഗം ഐശ്വരം ഭൂതഭൃത് നജ ഭൂതസ്ഥ മമാത്മാ ഭൂത ഭാവന ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത് ഭൂതങ്ങളെല്ലാം എന്നിലിരിക്കുന്നവയായും എന്നാൽ അതൊന്നും അതിലൊന്നും ഞാൻ നിലകൊള്ളുന്നില്ല ഇങ്ങനെ ഭഗവാൻ ഈ പറയുന്ന ഈ കാര്യത്തെ ഭഗവാൻ വിസ്തരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് സ്വാമി ഇത് മനസ്സിലാവുന്നില്ലല്ലോ ഈ ഭൂതത്തിൽ ഞാൻ ഇരിക്കുന്നു ഞാൻ ഭൂതത്തിലിരിക്കുന്നില്ല അതെന്നിലാണ് ഇത് എന്നിലാണ് ഞാൻ അതിലില്ല എന്നാ ഞാൻ എല്ലായിടത്തും ഉണ്ട് എന്നൊക്കെ പറയുന്നത് അതിന് ഭഗവാൻ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുന്നു നോക്കാം शस्थित महां तदा सर्वाण भूताया सचरक ആരാണ് മഹാൻ വായുഹു ഭഗവാൻ വായുവിനെ വിശേഷിപ്പിക്കുകയാണ് മഹാൻ വായു വെറും വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിന് ചിലപ്പം ഒരു അല്ലേ എന്തെങ്കിലും തോന്നിയാലോ അതുകൊണ്ട് മഹാൻ വായു വായു മഹത്തരമാർന്നതാണ് എന്ന് പറയാം ഭഗവാൻ തന്നെ വായുവിനെ വിശേഷിപ്പിക്കണോ മഹാൻ വായു എന്ന് പറഞ്ഞാൽ മഹത്തായ വായു യഥാ നിത്യം ആകാശസ്ഥിത ഏത് പ്രകാരത്തിലാണോ അത് ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് വായു വായു ആകാശത്തിൽ നിലനിൽക്കുന്നതാണ് ആകാശമാണ് വായുവിന് ഇരിപ്പിടം രണ്ടും സൂക്ഷ്മമാണ് ഭഗവാൻ പറയുന്ന രണ്ട് കാര്യങ്ങളും സൂക്ഷ്മമായിട്ടുള്ള ഭൂതത്തെയാണ് എടുത്തു പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല ഈ രണ്ട് ഭൂതവും ഏത് വായുവും ആകാശവും അപ്പൊ സർവത്രക മഹാൻ വായു യഥാ നിത്യം ആകാശസ്ഥിത ഏത് പ്രകാരത്തിലാണോ നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ വായുവിനെവിടെയൊക്കെ പോകണമോ അവിടെയൊക്കെ ആകാശം ഉണ്ടായിരിക്കണം ആകാശമുള്ളിടത്തൊക്കെ വായുണ്ടോ ഉണ്ടോ ഇല്ല ഉണ്ടാവണമെന്നില്ല ആകാശമുള്ളിടത്തെല്ലാം വായു ഇല്ല പക്ഷെ വായു ഉള്ളിടത്തൊക്കെ എന്തുണ്ട് ആകാശമുണ്ട് അതുകൊണ്ടാണല്ലോ വളരെ ആഴമുള്ള കിണറിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കിണർ മാത്രമല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വായു ഇല്ലാതെ ആൾ മരിച്ചു പോണത് ആകാശം സ്പേസ് ഉണ്ട് പക്ഷെ അവിടെ എന്ത് വായുവില്ല അപ്പൊ വായുവിന് നിലകൊള്ളണമെങ്കിൽ ആകാശം വേണം ചിലപ്പോ ഇത് തന്നെ പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളുകളുണ്ട് ഈ വായുവിനെ കുറിച്ചും ആകാശത്തിനെ കുറിച്ചും അല്ല സ്വാമി ആകാശം മുകളല്ലേ എന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് ഇടം ആകാശത്തിലാണ് നാം നിലകൊള്ളുന്നത് ഇപ്പൊ സ്വാമി ഇരിക്കുന്നത് ആകാശത്തിലാണ് ആകാശുള്ളതുകൊണ്ട് ഇരിക്കുന്ന ഇരിക്കുന്ന ഇടം ആകാശത്തിലാണെല്ലാം നിലകൊള്ളുന്നത് ഭൂതങ്ങളെല്ലാം നിലകൊള്ളുന്നത് ആകാശത്തിലാണ് അപ്പൊ ആകാശത്തിലാണ് വായുവും നിലകൊള്ളുന്നത് അപ്പൊ ഏത് ആകാശത്തിൽ സ്ഥിതി ആര് വായു തഥ അതുപോലെ ഭഗവാൻ എങ്ങനെ നിലകൊള്ളുന്നു എന്ന് പറയാം തഥാ സർവാണി ഭൂതാനി എല്ലാ ഭൂതങ്ങളും മസ്താനി ഇതി ഉപധാരയ എല്ലാ ഭൂതങ്ങളും എന്നിൽ ഇതുപോലെ നിലകൊള്ളുന്നുവെന്ന് നീ അറിയണം വളരെ സൂക്ഷ്മമാണ് എന്ന് പറഞ്ഞാൽ ആകാശം പോലും നിലകൊള്ളുന്നത് എന്നിലാണ് ആകാശത്തെയും ഭഗവാൻ ഭൂതമായിട്ടാണ് പരിഗണിച്ചത് ഭൂതമാണ് ഏറ്റവും സട്ടിലാണത് അത് തന്നെ എന്താണ് ഭഗവാന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം സ്ഥൂലമാണത് അപ്പൊ അതിലും സൂക്ഷ്മമാണ് ആര് അഹം ഞാൻ എന്നത് അങ്ങനെ ഭഗവാൻ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞാലോ നൈവ കുറുവൻ നൈവകാരയൻ ഞാൻ ചെയ്യുന്നുമില്ല ചെയ്യിക്കുന്നുമില്ല എന്ന് പറയുമ്പം ഈ ശ്ലോകങ്ങളിൽ നിന്നൊക്കെ വേണം നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ഭഗവാന് മാത്രമല്ല നമ്മുടെ സ്ഥായിയായ ഉണ്മ ഞാൻ എന്നത് എന്താണ് അപ്പൊ ആകാശവും നിലകൊള്ളുന്നത് ഏതൊരു ഏതൊന്നിലാണോ അതാണ് ഞാൻ എന്ന് നീ അറിയണം അപ്പൊ ആകാശത്തിൽ വായു ഏത് പ്രകാരത്തിലാണോ ആകാശത്തിൽ നിലനിൽക്കുന്നത് അതുപോലെ എന്നിലാണ് ഈ വിശ്വം മുഴുവൻ നിലനിൽക്കുന്നത് സർവാണി ഭൂതാനി മസ്താനി ഇതി ഉപധാരയ എന്തിനാ ഭഗവത്ഗീതയിൽ ഇങ്ങനെ ശ്ലോകം ഇത്തരത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നത് അല്ലെങ്കിൽ അർജുനനെ നിമിത്തമാക്കി പൂർവികന്മാര് നമുക്ക് ഈ ഉപദേശം തന്നിട്ടുള്ളത് നമ്മുടെ ഈ നിലനിൽപ്പ് ഇത്തരത്തിലായിരിക്കണം എന്ന് പറയാം ഞാൻ എന്ന അഹങ്കാരത്തിൽ നിന്ന് ഈ അഹംബോധത്തിലേക്കുണ്ടല്ലോ അതിലേക്ക് വരണം അപ്പൊ ഭഗവാൻ പറയുന്ന പ്രകാരത്തിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ ശ്രമിക്കാതെ എല്ലാം ചെയ്യുക ഭഗവാൻ നേരിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷേ എന്നാലോ എല്ലാം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയാം ആരാ ചെയ്യുന്നത് ഈ ഭൂതങ്ങൾ തന്നെ അതേപോലെ തന്നെ ഒന്നും നേടാൻ ശ്രമിക്കാതെ എല്ലാം നേട്ടുക ഇവിടേക്ക് നിന്ന് ഈ ആഴത്തിലിറങ്ങി നിന്നാല് ഒന്നും നേടാതെ എല്ലാം നേടാൻ സാധിക്കൂ ഇപ്പൊ എന്തൊക്കെയോ ചിലത് നേടാനുള്ള നെട്ടോട്ടമാണ് അതുകൊണ്ടാണ് ഒന്നും കിട്ടാത്തത് കാരണം എല്ലാം നേടിയിരിക്കുകയാണ് അതറിഞ്ഞിട്ടില്ല എന്ന് പറയാം അപ്പൊ ഏറ്റവും മഹത്തരമായിട്ടുള്ളത് ഞാനാണെന്നും ആ ഞാനിനെയാണ് ഞാൻ ഏറ്റവും മഹത്തരമായി എന്നിലാണ് അതുകൊണ്ടാ ഉപനിഷത്തൊക്കെ പറയുന്നത് എന്നിലാണ് ഇത് നിലകൊള്ളുന്നത് എന്ന് ഞാൻ എന്ന അഹം ബോധത്തിൽ ഏത് പ്രകാരത്തിൽ ആകാശത്തിൽ വായു നിലനിൽക്കുന്നു അതുപോലെ കാരണം ഇതിനെല്ലാം നിലനിൽപ്പ് കൊടുക്കുന്നത് ഞാനാണ് അപ്പൊ ആ എന്ന് നാം ധരിച്ചതുണ്ടല്ലോ അതിനെ അധികമാക്കുക നമുക്കൊരു ചെറിയ മുളയിൽ നിന്നാണ് ഈ മഹാവൃക്ഷം ഉണ്ടായിട്ടുള്ളത് നമുക്ക് ആ മുളയെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും പിടിയിട്ടില്ല എന്ന് പറയാം നിങ്ങളുടെ ഒരു കാൽവെപ്പാണ് ഒരു ചുവടുവയ്പ്പാണ് മൈലുകൾ താണ്ടാൻ എത്രയോ മൈലുകൾ പതിനായിരം മൈല് ഞാൻ താണ്ടി ഒരുവൻ പറയുന്നുവെങ്കിൽ കാൽനടയായിട്ട് വിനോബാജി ഈ ഭൂമിദാനത്തിനായി ഭാരതം മുഴുവൻ നടന്നുവെങ്കിൽ ഒന്നാമത്തെ ചുവടുവയ്പുണ്ടല്ലോ അത് മഹത്തരമാണ് എന്ന് പറയാം ആ ചുവടുവയ്പ്പിന്റെ ആ ചുവടുവയ്പ്പാണ് ഈ കാണുന്ന മയിൽ കണക്കിന് ഉള്ള സഞ്ചാരം നമുക്കിപ്പോഴും പിടിയിട്ട് നമുക്ക് നമ്മൾ ആലോചിക്കണം എങ്ങനെയാണ് സ്വാമി ജ്ഞാനീശ്വരം മുഴുവനാകുന്നത് എന്ന് നന്നായി ധ്യാനിക്കേണ്ടതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ഒമ്പതാം അധ്യായം വളരെ വിശേഷപ്പെട്ട അധ്യായമാണ് അപ്പൊ അല്പമായതിനെ മഹത്തരമാക്കുക എന്ന് പറയുക നമ്മളിപ്പം നിസ്സാര കാര്യത്തിനെയാണ് വലുതാക്കുന്നത് വായൽ ചെറിയ ഒരു ഇതുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിരിക്കും അവിടെ നിന്റെ സ്വരൂപം തന്നെ ഗംഭീരമാണെന്ന് പറയാം ആ സ്വരൂപത്തിൻ്റെ മുഴുവൻ സാധ്യതയൊന്ന് അറിയാൻ ശ്രമിക്കൂ അതുകൊണ്ട് വലിയ കാര്യമാണിത് അതുകൊണ്ട് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശനൈ ശനൈരുപരമേതെന്ന് വലിയ വലിയ കാര്യമാണെങ്കിലും ഇതെന്ത് വേണം ചെറിയ രീതിയിൽ അങ്ങോട്ട് തുടങ്ങണം ആരംഭിക്കണം ഒരു ചുവടുവയ്പ്പ് വയ്ക്കണം നടക്കില്ല എന്ന് തീരുമാനം എടുക്കരുത് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല എന്ന് പറയും ഗാന്ധിജി പറയും വലിയ കാര്യങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങുകയാണ് അദ്ദേഹം അങ്ങനെയാണ് തുടങ്ങിയത് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു വലിയ കാര്യങ്ങൾ ചെറിയ രീതിയിൽ നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ ആദ്യ ചർച്ചകളൊക്കെ സജീവമായത് ഗൃഹങ്ങളിലാണ് വീടുകളിൽ വീടുകളിൽ അതങ്ങനെ പല വീടുകളിൽ വീടുകളിലേക്ക് ഇങ്ങനെ കൈമാറിയത് അല്ല അതാദ്യം തന്നെ പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ യോഗം ആ യോഗത്തിൽ വെച്ചിട്ട് ഭാരതത്തിന് സ്വാതന്ത്ര്യം വേണം എന്നുള്ള പ്രഖ്യാപനമൊന്നും നടന്നിട്ടില്ല ഓരോ വീടുകളിലാണ് അത് തുടങ്ങിയത് വലിയ കാര്യമാണ് അപ്പൊ ചെറിയ രീതിയിൽ അത് തുടങ്ങണം ഭഗവാൻ പറയണോ എന്താണ് ഞാൻ നിലകൊള്ളുന്നത് എങ്ങനെയാണ് ആകാശം പോലും ആകാശത്തിൽ വായു നിലകൊള്ളുന്നത് പോലെ എന്നിൽ ഈ വിശ്വം നിലനിൽക്കുന്നു ഞാൻ അങ്ങേയറ്റം സൂക്ഷ്മമാണ് അപ്പൊ ഭഗവാൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം എന്താണ് ആ ഭഗവത് ചൈതന്യം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ എന്താ പറയുക നമ്മുടെ ഭൂമിയും അതുപോലുള്ള നക്ഷത്ര സമൂഹങ്ങളെല്ലാം നിലകൊള്ളുന്ന മഹാഗാലക്സി ഉണ്ടല്ലോ ആ ഗാലക്സിയെയും വഹിച്ചിരിക്കുന്ന ആ ശക്തി വിശേഷം ബോധസ്വരൂപൻ അങ്ങനെ അങ്ങനെ സൂക്ഷ്മ സൂക്ഷ്മമായി വരുമ്പം നമുക്കറിയാം ബോധമാണ് ബോധത്തിലാണ് ഇതെല്ലാം നിലകൊള്ളുന്നത് അതാണ് ഞാൻ അർജുന തുടർന്ന് സർവഭൂതേയ പ്രകൃതി കൽപ്പക്ഷയെ പുനസ്ഥ കൽപ്പാദ വിസൃജാമ്യഹം സർവഭൂത ഹേ കൗന്ദേയ പ്രകൃതി മാമികൽപക്ഷേ പുനഃസ്ഥാനി കൽപ്പാദ വിസൃജാമി അഹം ഹേ കൗന്ദേയ അല്ലയോ അർജുന കുന്തിപുത്ര കൽപ്പക്ഷയേ കൽപ്പത്തിന്റെ ക്ഷയത്തിൽ സൃഷ്ടിയുടെ ലയത്തിൽ പ്രളയത്തിൽ എന്നൊക്കെ കൽപ്പക്ഷയെ പ്രളയം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ഉള്ള ലയം പ്രളയം എന്ന് പറഞ്ഞാൽ സുനാമി വന്ന് എല്ലാം കൂടെ പൊങ്ങിപ്പോയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് എല്ലാം ലയിക്കുന്നത് പ്രളയം എന്ന് പറഞ്ഞാൽ ലയനം എന്നാണ് പ്രകർഷേണ ഉള്ള ലയനം നിദ്ര പ്രളയമാണ് ഏതൊരു ജീവനെ സംബന്ധിച്ചും അപ്പൊ വ്യഷ്ടി വ്യഷ്ടിയിലുള്ള പ്രളയവും സമഷ്ടി പ്രളയവും അതാണ് ഈ ഒരു കുട്ടി ജീവനെ ഉറങ്ങുന്ന പടം കണ്ടിട്ടുണ്ടോ ഒരു ഫോട്ടോ അല്ലേ കുട്ടിശിവൻ എങ്ങനെ കിടന്നുറങ്ങുന്നത് അതെന്താണ് സമഷ്ടി നിദ്രയാണ് ഹിരണ്യഗർഭൻ എന്ന് പറയും സമഷ്ടി നിദ്ര അത് ഒരു ചിത്രകാരൻ ചിത്രരൂപത്തിൽ വരച്ചു എന്നൊക്കെയുള്ളൂ പിന്നെ അതങ്ങനെ ഒരു നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവണ്ട അങ്ങനെയാണോ നിദ്ര അതൊരു ഭഗവാന്റെ നിദ്രയെ കാണിച്ചു എന്ന് പറയാ ലയനത്തെ കാണിച്ചതാ അപ്പൊ കൽപക്ഷയെ സർവഭൂതാനി മാമികാം സർവഭൂതാനി പ്രളയകാലത്ത് എല്ലാ സകര സകല ചരാചരങ്ങളും ജീവജാലങ്ങളും മാമികാം പ്രകൃതിം യാന്തി എന്റെ പ്രകൃതിയെ പ്രാപിക്കുന്നു അപ്പൊ നമ്മൾ നിദ്രയില് ശു പറഞ്ഞാൽ ഭഗവാ ഭഗവത് സ്വരൂപത്തിലാണ് ദിവസവും ഭഗവാനുമായിട്ടുള്ള സമ്പർക്കമുണ്ട് നമുക്ക് എപ്പോഴാണ് നിദ്ര അതുകൊണ്ടാണ് നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്നത് ആ ഭഗവാനിൽ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഊർജവും കിട്ടുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അത് തന്നെയാണ് അപ്പം മാമികാം പ്രകൃതി യാന്തി എന്റെ പ്രകൃതിയെ പ്രാപിക്കുന്നു കൽപ്പാതവും കൽപ്പത്തിന്റെ ആരംഭത്തിൽ പുന വീണ്ടും അഹം താനി വിസൃജാമി ഞാൻ ആ ചരാചരങ്ങളെ മുഴുവൻ വിസൃജാമി പുറത്തേക്ക് വിടുന്നു ഞാൻ അതിനെ മുഴുവൻ പുറത്തേക്ക് വിടുന്നു എന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം എല്ലാം ഒരു വിത്തായി ബിഗ് ബാങ് തിയറിയൊക്കെ വലിയ ശാസ്ത്രം പറയുന്ന വലിയൊരു മഹാവിസ്ഫോടനം ആ വിസ്ഫോടനത്തിൽ നിന്ന് അത് ഈ പ്രപഞ്ചം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ക്രഞ്ചും ബിഗ് ബാങ്ങും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ സയൻസിൽ അതങ്ങനെ വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് അതങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി ഒരു ബ്രഹ്മാണ്ടം പ്രയോഗം തന്നെ കണ്ടിട്ടില്ല ബ്രഹ്മാണ്ടം ബ്രഹ്മം അണ്ടരൂപത്തിലിരിക്കുന്നത് മുഴുവൻ അന്തർലീനമാക്കി വെച്ചിരിക്കുക വാശിഷ്ഠത്തിൽ വസിഷ്ഠൻ രാമനോട് പറയുന്നുണ്ട് ഈ വിദ്യ ഈ അറിവിനെ പകർന്നു കൊടുക്കുന്നുണ്ട് അല്ലയോ രാമ നോക്കിക്കോളാൻ പറയാം ഒരു മയിൽ ഡാൻസ് കളിക്കുന്നത് അപ്പൊ മയിൽ അങ്ങനെ പീലിയൊക്കെ വിടർത്തിയിട്ട് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു എത്ര വർണ്ണരാജികളാണ് ആ മയിൽ ആ മയിൽ പീലിയിലുള്ളത് അതുപോലെ എന്തൊക്കെ വൈവിധ്യമാർന്ന എന്താ മയിലിന്റെ കൊക്ക് മയിലിന്റെ കാല് ആ പീലി അതിൻ്റെ മൃദുലത ഇത്യാദികളൊക്കെ ഉണ്ടവിടെ എന്നിട്ട് വസിഷ്ഠൻ ഒരു മുട്ട കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് തന്നെയാണ് അത് അതെല്ലാം ഇതിൽ അന്തർലീനമാണ് ഇത് പ്രകടമാകാത്തത് അത് പ്രകടമായത് അതുപോലെ ഈ വിശ്വം ഭഗവാനിൽ അത് അന്തർലീനമാകുന്നു എന്ന് പറയുമ്പോൾ ഇത് പ്രകടമാകുന്ന പ്രകടമാകാനുള്ളതിൻ്റെ മുഴുവൻ കാരണവും അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു ഒരു സാഹചര്യം അതിൻ്റെ സാഹചര്യത്തിൽ അതിങ്ങനെ ഉണർത്തുന്നു നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്തൊരു ഡീസൻറ്റാണ് ഇല്ലേ ഉണർന്നു കഴിഞ്ഞാൽ അയ്യട എല്ലാം പ്രകടമായി ഉറങ്ങിയതോടുകൂടി എല്ലാം അത് എല്ലാം ഉറങ്ങുന്നത് ഉപനിഷത്തിൽ പറയുന്നുണ്ട് മൃഗോവാ വാക്രോവാ പതങ്കോവ മശകോവ യദ് ഭവന്തി തഥാഭവന്തി ഏത് പാറ്റയാവട്ടെ കുറുക്കനാവട്ടെ കോഴിയാവട്ടെ എന്തെന്തെന്തൊക്കെയാണോ ഉറങ്ങാൻ പോകുന്നത് ഉണർന്നു കഴിയുമ്പോഴേക്കും അതൊക്കെ അതായി തന്നെ എഴുന്നേൽക്കുന്നു അല്ലാതെ കുറുക്കൻ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ കോഴിയാവില്ല യദ് ഭവന്തി തഥാഭവന്തി യാതൊന്നാണോ ഉറങ്ങാൻ പോയത് അത് തന്നെ ഉണരുന്നു അപ്പൊ സർവഭൂതാനി എല്ലാ ഭൂതങ്ങളും അർജുന എന്നിൽ എന്താ പ്രളയത്തിൽ എന്നിൽ വിലയിക്കുന്നു വീണ്ടും എന്താ കൽപ്പാരംഭത്തിൽ കൽപ്പാതൗ വിസർജാമി ഞാൻ അതിനെ പുറത്തേക്ക് വിടുന്നു എന്തിനാ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഈ അറിവിങ്ങനെ അറിയാൻ ഇതാണ് സംഭവിക്കുന്നത് എന്നറിയാം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലോ നല്ല രസമാണ് ഈ വിഷയത്തെ മാറി നിന്ന് നോക്കി കാണുന്ന സമയത്ത് ഈ രഹസ്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ ആനന്ദത്തോടുകൂടി ഈ മാറ്റത്തെയും വരവിനെയും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാമെന്ന് പറയാം അടുത്ത ശ്ലോകത്തില് ഈ രഹസ്യം അതായത് ഭഗവാനെ എങ്ങനെ അറിയണം എന്നുള്ള രഹസ്യത്തെ വീണ്ടും പറഞ്ഞു തരിക നോക്കാം പ്രകൃതി സ്വാം അഭ്യ വിസർജാമി പുനഃ പുനഃ ഭൂതഗ്രാമം ഇമം കൃത്സ്നം അവശം പ്രകൃത വശാത് ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മാറുന്നതും മാറാത്തതും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് മാ നമ്മുടെ നേത്രങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുള്ളതെല്ലാം മാറ്റത്തിന് വിധേയമാണ് ശ്രദ്ധിക്കുക ഇതൊക്കെ ഗീതയുടെ എസൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം മാറ്റമില്ലാത്തതായി യാതൊന്നുമില്ല എന്ന് നീ അറിഞ്ഞാൽ മാറാത്ത ഒന്നുമായി നീ താതാത്മ്യം പ്രാപിക്കും മാറാത്ത ഒന്നിനെ നീ ചാരുന്ന സമയത്താണ് നീ ബ്രഹ്മചാരിയാവുക ബ്രഹ്മത്തെ ചാരുമ്പം അതല്ല നീ ബ്രഹ്മത്തെയാണ് ചാരുന്നതെങ്കിലോ നോർത്ത് ഇന്ത്യയിൽ ബ്രഹ്മചാരി എന്നാണ് നമ്മളെയൊക്കെ വിളിക്കുക ഏ ബ്രഹ്മചാരി ഇതരായി എന്ന് പറയും അപ്പം നി എന്താണ് നിത്യതയെ മാറ്റമില്ലാത്തതിനെ അറിഞ്ഞ് ആ മാറ്റമില്ലാത്തതുമായി നിരന്തര സമ്പർക്കം അല്ലെങ്കിൽ അതിലായിരിക്കട്ടെ നിന്റെ ശ്രദ്ധ എന്ന് പറയാം അങ്ങനെ വരുമ്പോഴോ നിനക്ക് മരണത്തെ ഭയക്കേണ്ടതില്ല മാറ്റമാണ് മരണം അതായത് അഞ്ഞു നിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെല്ലാം മാറ്റത്തിന് വിധേയമല്ലാത്ത യാതൊന്നും തന്നെ ഇല്ല സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഉൾപ്പെടെ ഈ വിശ്വത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു മാറ്റമില്ലാത്തത് ബ്രഹ്മമാണ് അപ്പം ഒരു പുതിയ ഭാവം കൈക്കൊള്ളുന്നത് ജനനം പഴയ ഭാവം കൈവടിയുന്നത് മരണം അപ്പൊ നീ എന്താണ് അറി നീ ആരെന്നറിയണം മാറ്റമില്ലാത്തതാണ് നീ എന്നറിഞ്ഞു കഴിഞ്ഞാലോ നിനക്ക് ഇവിടുന്ന് നഷ്ടബോധമൊന്നും ഇല്ല എന്നേ അപ്പൊ നിനക്ക് നേടാൻ പറ്റാത്തതായിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്ന് നീ അറിയും എല്ലാം നീ നേടിയവനാണ് കാരണം എല്ലാമായിട്ടിരിക്കുന്നത് ഞാനാണ് അപ്പൊ നീ നിന്റെ ആഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിക്കും ഇങ്ങനെ ഒരു വലിയൊരു കാര്യം നീ അറിയും അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല മൗനമായിട്ട് എവിടെയെങ്കിലുമൊക്കെ അടങ്ങിയിരിക്കും അതിൻ്റെ വിദ്യയാണ് ഭഗവാൻ പറഞ്ഞത് മൗനം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആരെങ്കിലും വന്ന് പേര് ചോദിച്ചാൽ പറയാതിരിക്കുന്നതല്ല വെറുതെയുള്ള ഈ ബഹളം വയ്ക്കൽ അത് നിർത്തും എന്ന് പറയാം അതുകൊണ്ട് മനപ്പാഠമാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആ വലിയ കാര്യം മൗനമാകുന്ന വ്യാഖ്യാനത്തിലൂടെ നൽകേണ്ടി വന്നത് മൗന വ്യാഖ്യാനത്തിലൂടെ ഗുരു കൊടുക്കുന്ന സമയത്ത് ഒന്നും കാണാപ്പാഠം പഠിക്കേണ്ടതില്ല ഇതൊക്കെ നമുക്ക് അല്ലെങ്കിൽ കാണാപ്പാഠം പഠിക്കേണ്ടതായിട്ട് വരും ഈ ഗീതാശ്ലോകങ്ങളൊക്കെ നമ്മൾ കഴിയുന്നതും കാണാപ്പാഠം പഠിച്ച് ഒൻപതാം അധ്യായത്തിൽ നാലാമത്തെ ശ്ലോകം മയ അധ്യക്ഷണ അങ്ങനെ ഈ ഒൻപത് നാല് ഒൻപത് ഇനി ഒൻപതിനെ ഓർത്തു വയ്ക്കാൻ വേറെ എന്തെങ്കിലും അങ്ങനെയാണല്ലോ ഈ ഓർത്തുവെക്കാനുള്ള പല ടെക്നിക്കുകളുണ്ട് അമ്പത് പേരുകൾ പറഞ്ഞോളൂ ഞാൻ അമ്പതും വീണ്ടും പറഞ്ഞു തരാം അയാളോട് എങ്ങനെ ഈ അമ്പത് പേരുകളും അല്ലെങ്കിൽ നൂറ് പേരുകളും നിങ്ങൾ ഇതിങ്ങനെ പറയുന്നത് അത് ഞാൻ ഓരോന്ന് കേൾക്കുമ്പോൾ ഓരോന്നുമായിട്ട് ബന്ധിപ്പിച്ച് ബന്ധിപ്പിച്ച് അങ്ങനെ വയ്ക്കും ഇവിടെ അങ്ങനെ ഒരു രീതിയെ എന്താ ഇല്ല എന്ന് പറയാം ഇവിടുത്തെ രീതി എന്താണ് മൗനമാണ് മൗനത്തിലുള്ള ആ വ്യാഖ്യാനത്തിൽ പിന്നെ മനപ്പാടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനെ അറിയുന്നതും അങ്ങനെയാണ് കാരണം ഇന്ദ്രിയങ്ങളെ കൊണ്ടല്ല അറിയുന്നത് അതിനപ്പുറത്ത് നിന്നിട്ടാണ് അറിയുന്നത് ഭഗവാൻ പറയുന്നു പ്രകൃതിം സ്വാം അവഷ്ടഭ്യ സ്വാം പ്രകൃതിം അവഷ്ടഭ്യ സ്വന്തമായ പ്രകൃതിയെ സ്വീകരിച്ചിട്ട് ആര് ഭഗവാൻ പ്രകൃതേഹേ വശാദ് പ്രകൃതിക്ക് വശമായതുകൊണ്ട് ആര് താനു പ്രകൃതേഹേ വശാത് അവശം ഇമം ഭൂതഗ്രാമം അസ്വതന്ത്രമായിട്ടുള്ള അവശം എന്ന് പറഞ്ഞാൽ അസ്വതന്ത്രം ഈ നേരത്തെ മൂന്നാം അധ്യായത്തിലൊക്കെ പറഞ്ഞുവല്ലോ എന്താണ് അതായത് കാര്യദേഹ്യ അവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈ പ്രകൃതി ഗുണത്തിന് അനുസൃതമായി അവശരായിട്ട് കാര്യം ചെയ്യുന്നു എന്ന് അതിനെ ഭഗവാൻ ഇവിടെ വേറൊരു പ്രകാരത്തിൽ പറയുന്നു പ്രകൃതേഹേ വശാത് പ്രകൃതിക്ക് വശമായതുകൊണ്ട് അവശം ഇമം ഭൂതഗ്രാമം അസ്വതന്ത്രരായ ഇമം ഭൂതഗ്രാമം ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ കൃഷ്ണം കൃഷ്ണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പുനഃ വിസർജാമി വീണ്ടും വീണ്ടും അവതരിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ അഹം വിസൃചാമീന്ന് ഞാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊരവശതയാണ് നമ്മുടെ അവശതയല്ല അത് അതിന്റെ പ്രകൃതിയുടെ സ്വഭാവമാണ് എന്ന് പറയാ ആ സ്വഭാവത്തിനനുസരിച്ച് ഇതങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ പറയുമല്ലോ നമുക്ക് നമ്മൾ ഓരോന്നും വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താ അതിന് വേറൊരു അവശതയുണ്ട് അതും അവശതന്നെയാണ് പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്ന അവശതയും ആവശ്യതയും രണ്ടും രണ്ടാണ് അപ്പൊ സ്കൂളില് കുട്ടി കുട്ടി സ്കൂളിൽ നിന്ന് വന്നു ഏഹ് സ്കൂളിൽ നിന്ന് വന്ന കുട്ടി ആ കുട്ടിയുടെ കണ്ണിൻ്റെ എവിടെ ഉണ്ട് വീങ്ങിയിരിക്കണു അപ്പൊ അമ്മ കണ്ടപ്പോ തന്നെ അമ്മയ്ക്ക് വല്ലാത്ത വിഷമായി കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും കുട്ടിയെക്ക് പറ്റിക്കഴിഞ്ഞാൽ വിഷമാവുമല്ലോ അമ്മ ചോദിച്ചു എന്ത് പറ്റി കൂട്ടാ കണ്ണിന് അയ്യോ തടിച്ചിരിക്കണല്ലോ വീങ്ങിയിരിക്കണല്ലോ എന്നൊക്കെ എന്നൊരു വേഗം കെട്ടി പിടിച്ചിട്ട് ചോദിച്ചു എന്താ പറ്റിയത് എന്ന് അപ്പൊ പറഞ്ഞു അമ്മ ഞങ്ങളുടെ ക്ലാസ്സിലൊരു മഹാ വികൃതിയുണ്ട് വേലായു തന്നെ അവൻ്റെ പേര് അവനെല്ലാവരും മേലു വേലൂന്നാ വിളിക്കുക അവൻ എൻ്റെ സ്കെയിലുകൊണ്ട് അടിച്ചു വന്നു ഭയങ്കരം അടിക്കുന്ന കൂട്ടത്തിലാണ് അവൻ എല്ലാവരെയും ഉപദ്രവിക്കും അവൻ എന്നെ അടിച്ചു വന്നു അപ്പം അമ്മ നോക്കി ആലോചിച്ചപ്പോൾ എന്താ അപ്പം ഇതിനൊരു വഴി അപ്പം വില ഇതെ പുറത്താക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ സ്കൂളിൽ നിന്ന് അപ്പം അമ്മ പറഞ്ഞു മോനെ മോൻ അങ്ങനെ ഒന്നും വികൃതിയൊന്നും കാണിക്കേണ്ട അമ്മനൊരു കാര്യം ചെയ്യൂ നാളെ പോകുമ്പം സ്കൂളിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പം അമ്മ ഒരു ഫൈവ് സ്റ്റാർ തരാം ഏ വേലായുധനെ കൊടുത്തിട്ട് കൂട്ടുകൂട വേലായുധനോട് പറയണം എന്നെ ഉപദ്രവിക്കൊന്നും ചെയ്യരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൂട്ടുകൂട്ടി ആരും പിറ്റേ ദിവസം വന്നു നോക്കുമ്പോൾ ഇവിടെ ഒരു മഴ ഇതെന്ത് പറ്റി കൂട്ടാമെന്ന് വേലായുധൻ ഇനിയും ഫൈവ് സ്റ്റാർ വേണമെന്ന് ഇനിയും ് സ്റ്റാർ വാൻ അതിനുള്ള സമ്മാനമാണ് അതെ ഇങ്ങനെ പോയാ കുട്ടിയെ തന്നെ കിട്ടാതെയാവും വേലായതിനെ അതിനുള്ള പണിയെടുക്കുമെന്ന് പറയുക അപ്പൊ അവശം അവനങ്ങനെ അവശനായിട്ട് അവനവരൊന്ന് ചെയ്യുന്നു അത് നേടാൻ വേണ്ടിയിട്ട് അത്തരത്തിലൊരവശതയല്ല ഭഗവാൻ ഇവിടെ പറയുന്നത് ഇവിടെ പ്രകൃതിയുടെ ഗുണത്തിനനുസരിച്ച് അത് പ്രകടമാകുന്നു ഇവിടുത്തെ അവശത എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പച്ചക്കറി മേടിക്കില്ലേ പച്ചക്കറി മേടിക്കുന്ന കൂട്ടത്തിൽ ചെറിയ സവാള മേടിക്കാറുള്ളൂ ചെറിയ ചെറിയ ഉള്ളി ഇല്ലേ അത് ചിലപ്പോൾ നിങ്ങളുടെ ഈ പച്ചക്കറി ഇടുന്ന അടിയിൽ ഈ വീട്ടിൽ അടുക്കളയിലെ അടിയിൽ ഒരു തട്ടൊക്കെ ഉണ്ടല്ലോ അതിലാണല്ലോ ഇതൊക്കെ ഇങ്ങനെ വിരിച്ച് ഇങ്ങനെ ഇതാക്കി വയ്ക്കുക അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ എടുക്കുമ്പോൾ ഒരേ അങ്ങ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഗ്യാസ് കുറ്റിയുടെ ഇടയിൽ അവിടെ എവിടെയെങ്കിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കാണാം മൂപ്പരിങ്ങനെ മുളച്ച് ഇല്ലേ ചെറിയ വെള്ളത്തിൻ്റെ ഇതൊക്കെ അതിന് സ്വാമി ഇത്ര കൃത്യമായിട്ട് പറയണം അറിയാം ഇതൊക്കെ എന്തിനാണാ നീ മുളച്ചത് എന്ന് അവനോട് ചോദിച്ചാൽ അവൻ ഈ ശ്ലോകം പറയും ഞാൻ അവശനായിട്ട് മുളച്ച എനിക്ക് വേറെ പണിയൊന്നുമില്ല മുളയ്ക്കാതിരിക്കാൻ പറ്റില്ല അയ്യപ്പ പണിക്കരുടെ കവിതയില്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ കണിക്കുന്നയല്ലേ വിഷുക്കാലമല്ലേ ഹൈ കണിക്കുന്നയല്ലേ ഞാൻ വിഷുക്കാലയല്ലേ പിന്നെ എന്നോട് എനിക്ക് എങ്ങനെ പൂക്കാതിരിക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ പൂത്തു ഇതാണ് അവശത നമ്മുടെ അവശതയല്ല അപ്പൊ ഒരു പൂ വിരിയുന്നത് അവശതയിൽ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത് അവശതയിൽ നിന്നാണ് കാറ്റടിക്കുന്നത് നമ്മൾ ചെറുപയർ മുള വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് മുളയ്ക്കുന്നത് അവശതയിൽ നിന്നാണ് നമ്മുടെ അവശതയും പ്രകൃതിയുടെ അവശതയും രണ്ടും രണ്ടാണ് ഭഗവാൻ ഈ സംസ്കൃതത്തിൽ ഇവിടെ അവശ് എന്താ ഇവിടത്തെ അവശം എന്ന് പറഞ്ഞാൽ അസ്വതന്ത്രം മുളയ്ക്കാതിരിക്കാൻ സാധ്യമല്ല അങ്ങനെയെല്ലാം ഞാൻ വീണ്ടും വീണ്ടും പുനഃ പുന അഹം വിസൃജാമി ഞാൻ സൃഷ്ടിക്കുന്നു വിസർജാമി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നു തുടർന്ന് ർമാണി നിബധ്നുതിജയ ഉദാസീനവസീനം അസക്തം തനഞ്ജയ അർജുന തേ കൂ ആ കർമ്മങ്ങളിൽ അവശമായി പ്രകൃതി ഗുണത്തിനനുസരിച്ച് ഓരോ ഓരോന്നും പ്രകൃതിയിലെ ഓരോന്നും പ്രകടമാകുന്നതിൽ അതാണ് തർമ്മത്തിൽ തേശു കർമ്മസു അസക്തം സക്തനല്ലാതെ ഉദാസീനവത് ഉദാസീനന് എന്ന ആസീനം ഇരിക്കുന്ന മാം എന്നെ താനി കർമാണി ന നിബധനന്തി ആ കർമ്മങ്ങളൊന്നും ബന്ധിക്കുന്നില്ല ഉദാസീനവത് ഒരു ഉദാസീനനെ പോലെ മലയാളത്തിൽ ഈ ഉദാസീനൻ എന്നൊക്കെ പറയുമ്പം അതിന് എന്താ പറയാ അതിന്റെ സാരം പൂർണ്ണമായിട്ട് വേറെയാ ഒരു അലസൻ എന്നൊക്കെയാണ് ഉദാസീനന് ചിലപ്പോൾ പറഞ്ഞു കാണാറ് അയാളൊരു ഉദാസീനനാണ് ഒന്നിനും കൊള്ളില്ല ആർക്കൊരു ഉപകാരം ചെയ്യാത്തവൻ എന്ന് പറയും ചിലരെ അങ്ങനെ അങ്ങനെ പ്രയോഗിക്കാറുണ്ട് ഈ ഉദാസീനൻ അയാളൊരു വെജിറ്റേറിയൻ എന്ന് പറയും അവനൊരു പച്ചക്കറി അവന് ഒന്നിനും അതായത് കുറച്ച് പച്ചമുളകൊക്കെ കഴിക്കുന്നവനാണ് എന്തിനെങ്കിലും അങ്ങനെയുണ്ട് അതായത് എന്താ അളിയൻ അളിയൻ എന്ന് പറഞ്ഞറിയില്ലേ ഭാര്യയുടെ അനുജ് അദ്ദേഹം മരുമകളുടെ കല്യാണത്തിന് വരണം എന്നൊക്കെ പറഞ്ഞ് ബോംബെയിലാണ് എഴുത്തയച്ചു അപ്പൊ അവൻ അളിയനോട് പറയണം എന്റെ കാശൊന്നുമില്ല ട്രെയിന് ടിക്കറ്റ് എടുത്ത് വരാനായിട്ട് അതും മാത്രല്ല നല്ല ചൂടുകാലാണ് എനിക്ക് ഉഷ്ണിച്ചൊന്നും വരാനൊന്നും പറ്റില്ല നിങ്ങൾ ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തണുപ്പുള്ള കമ്പാർട്ട്മെന്റിൽ എടുത്തു തന്ന ഞാൻ വരാ ശരിയെന്ന് വിചാരിച്ച് ഇവന് ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് അയച്ചു കൊടുത്തു വരാൻ പറഞ്ഞിട്ട് അപ്പൊ ഒരാഴ്ച മുൻപ് തന്നെ അവിടെ എത്തിച്ചേർന്നു ബോംബെയിൽ പിന്നെ കല്യാണത്തിന്റെ തല എന്ന് പറയാം എനിക്കൊരു ഒരു രണ്ടായിരം രൂപ വേണം ഇദ്ദേഹം ചോദിച്ചു നീ എന്താ എന്തോ വർത്തമാനായി പറയുന്നത് അതായത് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു തന്നു പിന്നെ ഇവിടെയൊക്കെ കാണാൻ പോകുന്നു അതും ഇതുമൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് വണ്ടിയൊക്കെ എടുത്തിട്ടൊക്കെയല്ലേ പോണത് ഇനിയിപ്പോൾ എന്തിനാണ് നിനക്ക് ഇപ്പൊ ഒരു രണ്ടായിരം രൂപ അതെ ഒരു മരുമകളുടെ കല്യാണത്തിന് പോകുമ്പോൾ വെറും കയ്യോടുകൂടി ഇങ്ങനെയാ പോവുക അവൾക്ക് പ്രസന്റ് കൊടുക്കണ്ടേ എന്ന് പറയാം അതിനും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പറയാറുണ്ട് ഉദാ സീൻ ഒരിക്കലും ഇങ്ങനെ പ്രയോഗിക്കരുതേ ഉദാ എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ പറയുന്നു ആരാണ് ഞാൻ പ്രത്യേക താല്പര്യം ഒന്നുമില്ലാത്തവ ഈ കർമ്മങ്ങളിലൊന്നും തന്നെ എനിക്കെന്തില്ല യാതൊരു വിധത്തിലും ആ കർമ്മങ്ങൾ എന്നെ ബന്ധിക്കുന്നില്ല ആ കർമ്മങ്ങളോ കർമ്മ ബലമോ എന്നെ ബന്ധിക്കുന്നില്ല അപ്പൊ നമ്മൾ ഈ അറിവോടുകൂടിയൊക്കെ വേണം വാഴക്കൊല ഭഗവാന്റെ മുൻപിൽ വയ്ക്കാനും നാളികേരം ഉണ്ടായാൽ മുൻപിൽ വയ്ക്കാനും കണി എന്താ കണിച്ചൊക്കെ വയ്ക്കാനുമൊക്കെ കാരണം ഈ ഉണ്ടായിട്ടുള്ളതിൽ ഒന്നും തന്നെ എനിക്ക് യാതൊരു ആസക്തിയുമില്ല ഞാനത് ആ കർമ്മത്തിലൊന്നും ഞാൻ അഭിമാനിക്കുന്നു പോലുമില്ല പിന്നെ നമ്മളാണ് ഈ അഭിമാനിക്കുന്നത് നമ്മുടെ പറമ്പിൽ ഒരു കൊലയൊക്കെ വെട്ടി അവിടെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് തുടർന്ന് മയാഖ്യേണ പ്രകൃതി ഹേന കൗന്യ ജഗത് അതൊക്കെ വളരെ വളരെ ഗംഭീരങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഭഗവാന്റെ ഭഗവാൻ ആരെന്ന് പറഞ്ഞു തരാം മയാ അധ്യക്ഷേണ പ്രകൃതി സൂയദേ സചരാചരം ഹേതുന ഹേതു ഹേതുന അനേന ഹേ കൗന്ദേയ ജഗത് വിപരിവർത്തതേ അല്ലയോ അർജുന കൗന്ദേയ മയാ അധ്യക്ഷേണ അധ്യക്ഷേണ മയ അധ്യക്ഷനായ ഞാൻ നിമിത്തമായി ഞാൻ ആരാണ് അധ്യക്ഷന അധ്യക്ഷൻ വരാതെ ചടങ്ങ് തുടങ്ങുന്നു ഉദ്ഘാടകം വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ർക്കെങ്കിലും ഉദ്ഘാടനം ചെയ്യാം പക്ഷെ അധ്യക്ഷനില്ലാതെ ചടങ്ങ് ആരംഭിക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അധ്യക്ഷന്മാര് അവിടുത്തെ ആളുകളെ തന്നെയാക്കുന്നത് കാരണം അതുകൊണ്ട് വരേണ്ട ആവശ്യമില്ലല്ലോ ഞാനാരാണ് അതിലെ ഒരു സഭയിലെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ആള് അധ്യക്ഷനാണ് അധ്യക്ഷനാണ് അതിന്റെ എല്ലാ അധികാരവും എന്ന് പറയുക അപ്പം ഞാനാരാണ് മയ അധ്യക്ഷേണ എൻ്റെ അധ്യക്ഷ മാത്രയാൽ ഞാൻ നിമിത്തമായി എൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ അധ്യക്ഷൻ എന്ന പ്രയോഗവും പിന്നീടുള്ള നമ്മുടെ അധ്യക്ഷ വേദിയിലെ അധ്യക്ഷനായിട്ടിരിക്കുന്നതും ഒക്കെ ഇതുമായിട്ട് ബന്ധമുള്ളത് അങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നാം പിൽക്കാലത്ത് ഇതൊക്കെ രൂപം കൊടുത്തത് അധ്യക്ഷന് വലിയ റോളൊന്നുമില്ല നേരിട്ടിട്ട് എന്നാൽ അധ്യക്ഷന് എല്ലാ അധികാരവും ഉണ്ട് പറയാം അതായത് അധികാരം പ്രയോഗിക്കാതെ അധികാരം അതാണ് അധികാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു രഹസ്യം അതായത് നമുക്ക് ആരെയെങ്കിലും നിയന്ത്രിക്കണമെങ്കിൽ നാം അവരെ നിയന്ത്രിക്കുന്നു എന്ന് തോന്നാതിരിക്കണം നമ്മുടെ അധ്യക്ഷ അധ്യക്ഷമാണ് നമ്മൾ അധ്യക്ഷനായിരിക്കണം അത് വീട്ടിലാണെങ്കിലും ശരി ഇടപെട്ടുകൊണ്ടിരുന്നാലുണ്ടല്ലോ നമുക്കൊരു വിലയുണ്ടാവില്ല ഒരു സഭയിലെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ആൾ അധ്യക്ഷനാണ് അധ്യക്ഷനാണ് അതിൻ്റെ എല്ലാ അധികാരവും എന്ന് പറയുക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 പ്രകൃതി എന്ന് പറഞ്ഞ സചരാചരം രണ്ട് പ്രകാരത്തിലാ പറഞ്ഞിരിക്കുന്നത് പ്രകൃതിഹി സചരാചരം സ സചരാചരം എന്ന് പറഞ്ഞാൽ പ്രകൃതി അതെ അപ്പൊ പിന്നെ പ്രകൃതി എന്ന് പറഞ്ഞതോ മൂലപ്രകൃതിയും ആ പ്രകൃതിയിൽ നിന്ന് ആവിർഭവിച്ച ചരാചരങ്ങളും അപ്പൊ ചരാചരങ്ങളും പ്രകൃതിയാണ് മൂലപ്രകൃതി അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രകൃതി എന്ന് പറയുമ്പോ അത് മൂലപ്രകൃതിയും സ ചരാചരം എന്ന് പറയുമ്പം ചരാചരങ്ങളോടുകൂടിയിട്ടുള്ള ഈ പ്രപഞ്ചത്തെ പറയുന്നു സൂയതെ സൂയത എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്നു ഞാൻ സൂയതെ പ്രസവിക്കുക ജനിക്കുക സൂയതെ എങ്ങനെ അനേന ഹേതുന ഈ കാരണം കൊണ്ട് ജഗത് വിപരിവർത്തതേ ജഗത്ത് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ പ്രപഞ്ചത്തിലെ മാറ്റം എന്ന് പറയുന്നത് ആരാണ് ഞാനാണ് ഞാൻ ഈ പ്രപഞ്ചത്തെങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒരു പാമ്പ് പാമ്പിന്റെ ആ ഉറ അഴിച്ചു മാറ്റുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിലും അത് വല്ല വേലിയുടെ ഇടയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള പരുക്കൻ സ്ഥലങ്ങളിലൂടെ മുള്ളുവേലി അല്ലെങ്കിൽ കല്ലിന്റെ ഇടയിലൊക്കെ അതിൻ്റെ ഇടയിലൂടെയൊക്കെ അത് പോവാനുള്ള ശ്രമം നടത്തും എന്തിനാണ് ആ തൊലി ഉരിഞ്ഞു കളയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ടത് അതിൻ്റെ വസ്ത്രം മാറിയിട്ട് അത് പോവും അപ്പൊ ആ പാമ്പിന്റെ തൊലി വരുന്ന സമയം എന്ത് സൗമ്യമായിട്ടുള്ളൊരു പ്രക്രിയ പാമ്പിൻ്റെ തൊലി പോട്ടെ നമ്മുടെ കൈയുടെ തൊലി പോയിക്കഴിഞ്ഞാൽ ദിവസവും ദിവസവും നോക്കി നോക്കൂ അതങ്ങനെ വന്നു വന്നു വന്നു വന്ന് ശരിയാകുന്നത് അതുപോലെ നമ്മുടെ നഖം വളരുന്നത് മുടി വളരുന്നത് എന്ത് ഇതാണ് ഭഗവാൻ പറയുന്നു എന്താണ് ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അനുസ്യൂതം അനു അനുസ്യൂതം മാറി മാറി വരുന്നു ഞാനാണ് ഈ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ അധ്യക്ഷ മാത്രയിൽ ഞാൻ അധ്യക്ഷനാണ് ഞാൻ അധ്യക്ഷനായി നിന്നുകൊണ്ട് എല്ലാ മാറ്റങ്ങളും നദി ഒഴുകണു ഒരു നിമിഷം എന്താ ഒരിക്കലെ ഒരു നദിയിൽ മുങ്ങാൻ പറ്റുമെന്ന് പറയില്ലേ നമ്മൾ മുങ്ങി പൊങ്ങുമ്പോഴേക്കും നദി മൊത്തം മാറി പക്ഷേ നമ്മളിപ്പോഴും പറയുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഗംഗയിൽ പോയി ഈ പ്രാവശ്യവും ഗംഗ പോയി ശരി തന്നെ പക്ഷേ ആ ഗംഗ നമ്മൾ ഒരു ഒരു മിനിറ്റ് കൊണ്ട് ആ ഗംഗ ഇല്ല മാറി എന്ന് പറയുക പ്രപഞ്ചത്തിലെല്ലാം മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ ഇതിനെ അങ്ങേറ്റം മൃദുവായി തലോടിക്കൊണ്ട് എന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി നോക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ എന്റെ മാറ്റം പെട്ടെന്നല്ല അപ്പൊ കേരളം കുതിച്ചു പോകുന്നു എങ്ങോട്ടാണെന്നറിയില്ല അങ്ങനെ ഒരു പോക്കൊന്നും ഇല്ല എന്ന് പറയാം ഞാൻ വളരെ പതുക്കെയാണ് എനിക്ക് കുതിച്ചു പോവാനൊന്നും പറ്റില്ല വളരെ പതുക്കെ മറ്റേ പോക്ക് അങ്ങനെയാ ഈ ഭൂമി കറങ്ങുന്നത് നമുക്ക് അനുഭവം ഉണ്ടോ എല്ലാം ഭഗവാന്റെ എല്ലാ പരിപാടികളും ഒരു പൂ വിടരുന്നതൊക്കെ കാണണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അത്രയും ശ്രദ്ധിക്കണം നിങ്ങൾ എന്നാ കാണാം ആരെങ്കിലും ഇതിൽ പൂ വിടരുന്നത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഒന്ന് ഒരു ആ ഉണ്ട് അതെ ഒന്ന് രണ്ടാളുകളൊക്കെ ഉണ്ട് ആശ്വാസത്തിന് വേണ്ട സ്വാമി കണ്ടിട്ടുണ്ട് ആശ്രമത്തിൽ പഠിക്കുമ്പം രാവിലെ എഴുന്നേറ്റ് അർച്ചന ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു രാവിലെ വളരെ നേരത്തെ അപ്പൊ രണ്ടര മണി മൂന്ന് മണിക്കൊക്കെ തുടക്കത്തിൽ എഴുന്നേക്കും അപ്പൊ ഈ പൂ തലേന്ന് മുട്ട് പറച്ച് ഈ അതിങ്ങനെ വെക്കുക എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ആ ലൈറ്റിട്ട് അവിടെ ലൈറ്റിട്ടിങ്ങനെ ഈ പ്രകാശം തട്ടിയാലാണല്ലോ ഇത് വിരിയുന്നത് അപ്പൊ ഈ ലൈറ്റിന്റെ ഈ എന്താ നമ്മുടെ ഇലക്ട്രിക് ബൾബിന്റെ ആ പ്രകാശത്തിൽ തന്നെ അതിങ്ങനെ ടക്ക് എന്ന് പറഞ്ഞിട്ടിങ്ങനെ അതായത് ചെമ്പരത്തി പോവും ഓ അത് കണ്ടുകഴിഞ്ഞാൽ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമാണ് വരിക അതുകൊണ്ട് ശ്രമിക്കൂ തോട്ടത്തിൽ പോയെന്ന് കാണ എന്താ പറയുക കാണാൻ പറ്റില്ലെങ്കിലും വീട്ടിനകത്ത് കൊണ്ടുവച്ചിട്ടൊരു ശ്രമം നടത്തി നോക്കൂ ഇപ്പൊ ഈ ചെമ്പരത്തി പൂവുമ്പം അത് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ വിരിയൽ അതിൻ്റെ ആ ഓടക്കൊഴൽ പോലെ അങ്ങനെ വന്ന് വന്ന് വന്ന് വരുന്നത് വളരെ പതുക്കെയാണ് പറയാം ഇതുപോലെ ഞാൻ എൻ്റെ അധ്യക്ഷൻ മാത്രമല്ല അവിടെയും ഭഗവാൻ അധ്യക്ഷനാണ് അധ്യക്ഷ മാത്രയിൽ ഈ പ്രപഞ്ചം അങ്ങനെ വിരിയുന്നു അതിനെ വിലയിപ്പിക്കുന്നു ഇതൊക്കെ അറിയുമുണ്ടല്ലോ നമ്മുടെ ഈ അഹങ്കാരം അങ്ങനെ കുറഞ്ഞു വരും നമുക്ക് നോക്കാം എന്തൊക്കെയാ ഭഗവാൻ ഇനി പറയാനുള്ളത് അവജാനൂതം പരംഭാവമകേശ്വരം അവജാനി മാം മൂഢാഹ മാനുഷീം തനും ആശ്രിതം പരംഭാവം അജാനന്ദ മമഭൂതമഹേശ്വരം മമ ഭൂതമഹേശ്വരം പരംഭാവം അജാനന്ദ മൂഢാഹ എന്റെ മമ എന്റെ ഭൂതമഹേശ്വരം ഭൂതങ്ങളുടെ അധീശൻ എന്ന അധ്യക്ഷൻ എന്ന് പറഞ്ഞുവല്ലോ അതിന്റെ വേറൊരു പ്രയോഗമാണ് അതീശൻ മഹേശൻ ആ പരംഭാവം ഉത്കൃഷ്ടമായ ഭാവത്തെ അവസ്ഥയെ അജാനന്ദ മൂടാഹ അറിയാത്ത മൂടന്മാർ ഈ മൂടന്മാര് ഇതറിയുന്നില്ല എന്ന് പറയാം മുടന്മാരെ കൊണ്ട് അറിയാത്ത അവന്റെ അഹങ്കാരം ഏതുമായിട്ട് എന്ന് പറയാം എന്നിട്ടോ അവരെന്ത് വിചാരിക്കുന്നു എന്നെ അതുകൊണ്ട് അവർക്ക് എന്നെ അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അവരെങ്ങനെയാണ് നല്ല ഗംഭീര ശ്ലോകങ്ങളായത് ഉം ഞാൻ അവർക്ക് എങ്ങനെയാ മാം മാനുഷിയും തനും ആശ്രിതം മനുഷ്യ സംബന്ധിയായ ഒരു ശരീരത്തെ ആശ്രയിച്ചവനായിട്ട് അവജാനന്തി അവരെന്നെ ഭഗവാൻ ഇവിടെ പറയുന്നത് അവജാനന്തി എന്നാണ് നിന്ദിക്കുന്നു എന്നാണ് അവരെന്നെ അവഹേളിക്കുന്നു പരിഹസിക്കുന്നു അവജാനന്തി സംസ്കൃതത്തില് നിഘണ്ടു നിരുതമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു നോക്കിക്കോളൂ അവജാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ ഭഗവാനെ നാം നിന്ദിക്കുകയാണ് പൂജിക്കുകയല്ല ചെയ്യുന്നത് സ്തുതിക്കുകയല്ല ചെയ്യുന്നു ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്നറിയുന്നത് അപ്പൊ ഭഗവാൻ ഒരു വ്യക്തിയാണ് ഒരു മാനുഷഭാവത്തിലിരിക്കുന്നവൻ എന്ന് പറയുമ്പോഴുള്ള ദോഷം എന്താണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിന്നും ആ ഭഗവാൻ എന്ന സത്തയെ അധ്യക്ഷമാത്രയായി നിലകൊള്ളുന്ന അവനെ നിങ്ങൾ അടിച്ചു ഓടിച്ചിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ ആരുടെയെങ്കിലും ഒരു പുത്രനായി അവരോധിക്കുകയാണ് അങ്ങനെ വലിയൊരു ദോഷം സംഭവിക്കും അങ്ങനെ വലിയൊരു ദോഷം ഇപ്പം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെയൊക്കെ ഈശ്വരൻ ആരുടെയൊക്കെയോ മക്കളാണ് ശിവന്റെയും പാർവതിയുടെയും പുത്രന്മാരായിട്ടുള്ള സുബ്രഹ്മണ്യനും ഗണേശനും പിന്നെ ചിലർക്കൊന്നും അച്ഛനാരും അറിയില്ല പിന്നെ അവരുടെ അച്ഛനെയൊക്കെ കണ്ടുപിടിക്കേണ്ട ജോലിയാണ് ഞങ്ങളെ പോലുള്ളവർക്ക് സ്വാമി ഇത് ആരുടെ മകനാണ് ഇന്നാൾ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമായി പറയാം ഇന്ന് ആളാണ് എന്ന് പറഞ്ഞത് ഇപ്പൊ ശിവന്റെ കുട്ടികളാണോ അതോ വിഷ്ണുവിൻ്റെ ആണോ അതോ ബ്രഹ്മാവിൻ്റെയാണോ ഇതെല്ലാം എന്താണ് മൂടാഹ അപ്പൊ ഈ മൂടന്മാര് അറിയുന്നില്ല എന്ന് പറയാം എന്തറിയുന്നില്ല എന്റെ ഭാവത്തെ ഇവിടെ പറയുന്നു പരംഭാവം അജാനന്ദ അപ്പൊ ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ പരം ഭാവത്തെയും കൂടെ അറിയണം എന്തുകൊണ്ടാ ഇങ്ങനെ അറിയാൻ നമുക്ക് പറ്റാത്തത് എന്താ ഇതിനൊരു വിഷമം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടോ പ്രകൃതിയിലെ ഓരോന്നിനെ കാണുന്ന സമയത്ത് ഗീതാപഠനം കൊണ്ടുണ്ടാകേണ്ടുന്ന ഒരു കാര്യം അതാണ് വൃക്ഷത്തോട് ജീവികളോട് ജലത്തോട് ഭൂമിയോട് ഇതിലൊക്കെ നമ്മുടെ സമീപനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ അതോ അതിനു മുൻപ് തന്നെ ഞാൻ ഇതൊക്കെയായിട്ട് അങ്ങേയറ്റം സാമ്യപ്പെട്ടവനായിരുന്നുവെങ്കിൽ വലിയ സന്തോഷം വളരെ വളരെ സന്തോഷം അതല്ല ഇതൊന്നും ആയിരുന്നില്ല എന്നെ സംബന്ധിക്കുന്ന ഈശ്വരൻ എന്നെ സംബന്ധിക്കുന്ന ഈശ്വരൻ വേറെ എവിടെയോ ആണ് അങ്ങനെ ഒരു ഈശ്വരനെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരാൾ എവിടെ ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇത്തരത്തില് ഭഗവ ഇതൊക്കെ ഭഗവത്ഗീതയിലെ വാക്കുകളാണല്ലോ നമ്മളിപ്പൊ എന്തെങ്കിലും ഒന്നും പറഞ്ഞു തരുമല്ലോ നിങ്ങക്ക് നിങ്ങളുടെ കയ്യിലും ഗീത ഉണ്ടാകുമല്ലോ ഇതിപ്പോ സ്വാമി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ഗീതയിലുള്ളതാണ് എറണാകുളത്ത് അങ്ങനെ വരാൻ വഴിയില്ല അങ്ങനെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ അറിയുന്നവരെ കണ്ടാല് ഒന്നും അറിയില്ല എന്നാണ് അവരെ കണ്ടാത്തോന്നത് ഇതറിഞ്ഞവരങ്ങനെയാണ് ഇതറിഞ്ഞവർ പിന്നെ ഈശ്വരൻ ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവരധികം സംസാരിക്കില്ല അറിയുന്നവരെക്കുറിച്ചും അറിയാത്തവരെക്കുറിച്ചും ഭഗവാനൊരു ഒരു എന്താ പറയുക ഒരു വേറൊരു പ്രകാരത്തിൽ അതും കൂടെ പറയണം അറിയുന്നവരും അറിയാത്ത മൂടന്മാരും അജാനന്ദ അജാനന്ദ മൂടാഹ എന്നാ പ്രയോഗിച്ചിരിക്കുന്നത് എല്ലാം അറിയുന്നവരെ കണ്ടാൽ അറിയുന്നവരെ കണ്ടാൽ ഒന്നും അറിയില്ല എന്ന് തോന്നും അറിയാത്തവരെ കണ്ടാൽ എല്ലാം അറിയാം എന്ന് തോന്നും അതിൻ്റെ ഒരു ലക്ഷണമാണ് എന്താ അറിയുന്നത് ഇതാ ഇതാണ് ഭഗവാൻ ഇങ്ങനെയാണ് അറിയേണ്ടത് അല്ലാത്തവൻ ഭഗവാൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയും പിന്നെ നിങ്ങൾക്ക് ഇതിലൊക്കെ ഉണ്ടാവുന്ന സംശയം എന്താണെന്നറിയോ പലരുടെയും ഈ നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളിങ്ങനെ ആലോചിക്കും സ്വാമി കൂറൂരാമ്മയുടെ കാര്യം പിന്നെ മേൽപ്പത്തൂരിൻ്റെ കാര്യം അവരുടെ കാര്യം ഇതൊന്നും സ്വാമിക്ക് അറിയിക്കുക അതെ കുറൂരാമ്മയ്ക്ക് അങ്ങനെ ഉണ്ടായല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഉണ്ടായല്ലോ അവർക്ക് ഇങ്ങനെ ഉണ്ടായല്ലോ ഇതൊന്നും ചോദിച്ചാൽ ഇതൊന്നും ഇതിൽ ഇവിടെ പറയുന്നത് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയുടെ ഭഗവത്ഗീത പറയുന്ന സമയത്ത് നമുക്ക് ഗീത പറയാം വേറെയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ അതത് ആളുകളുമായിട്ട് പോയിട്ട് ചോദിക്കുക കൂറൂരമ്മയെ കാണാൻ പറ്റിയ പോവുക അമ്മയോട് ചോദിക്കുക അമ്മയെ ഇന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് പലർക്കും പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പലർക്കും ഇതൊക്കെ നമ്മൾ പിന്നീടുണ്ടാകുന്ന ആളുകൾ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നതിന് വലിയ ദോഷങ്ങളാണ് നമ്മൾ ഈ നമ്മൾ ഈ മാർഗത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ പലതും ആലോചിച്ചപ്പോൾ നമുക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല അതാണ് ഈ സൂര്ദാസ് കണ്ണു കുട്ടി കുത്തിപ്പൊട്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങോരേ പോലെ വിട്ടി വേറെ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളതാ ഒരിക്കലും അദ്ദേഹം ഒരു ഭക്തനാണ് എങ്കിൽ വെറുതെ ആളുകൾ പിൽക്കാലത്ത് പടച്ചുവിടുന്ന ഓരോ കഥകളാണ് ഈ ഭക്തശിരോമണികൾക്ക് എന്തൊക്കെയാ ഈ ഭക്തിമൂത്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റുക പറയാൻ പറ്റില്ല അവരുടെ കാര്യത്തിൽ ഈ ഭക്തശിരോമണി സ്വാമി പറയുമ്പം വെറും അജ്ഞാന തലത്തിൽ നിന്ന് ഈശ്വരനെ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ പുകഴ്ത്തുന്ന ചിലരുണ്ട് അവരങ്ങോട്ട് വേദി കിട്ടിക്കഴിഞ്ഞാൽ പറയും ഓ ഈ മഹാത്മാവിനെ പോലെ ഒരു മഹാത്മാവ് ഇല്ലേ എന്ന പോലെ ഇവരങ്ങട്ട് ഇവരുടെ ഈശ്വരനെ അങ്ങോട്ട് പറയും വേണ്ടത്ര അറിവ് ഉണ്ടായിട്ടാണോ അല്ല എന്ന് പറയാം ഇപ്പൊ സൂർദാസ് കണ്ണുകുത്തി പൊട്ടിച്ചു സ്ത്രീകളെ കാണുന്നത് സ്ത്രീകളെ കണ്ടുകഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്നാ പിന്നെ ഇവിടെ ആർക്കും കണ്ണു വേണ്ട ഇപ്പൊ സ്വാമിയെ കണ്ണില്ലാതെ പറയേണ്ടി വരും ഗീത കാരണം ഇവിടെ കൂടുതലും സ്ത്രീകളാണ് അപ്പൊ ഇതൊക്കെ തെറ്റായിട്ടുള്ള സന്ദേശത്തെ അല്ലേ പ്രചരിപ്പിക്കുന്നത് തീർച്ചയായും ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ കാരണം ഉപനിഷത്തിനും ഭഗവത്ഗീതയ്ക്കും വിരുദ്ധമാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ നമുക്ക് സ്വീകാര്യമല്ല എന്ന് സ്വാമി തുറന്നു പറഞ്ഞത് അത് നിങ്ങൾ ആര് ഭക്തി പറഞ്ഞാലും നമ്മൾ അതിനെ ഭക്തി എന്ന് വിളിക്കില്ല നമുക്ക് ബുദ്ധിമുട്ടാം അതിലീ ഇരിക്കുന്ന പലർക്കും അതിലൊക്കെ വിയോജിപ്പുണ്ടാകാം സ്വാമിക്കത് വിഷയമല്ല കാരണം നമ്മൾ പഠിച്ച ശാസ്ത്രത്തിന് വിരുദ്ധമാണത് അതിനെതിരായിട്ട് നിങ്ങൾ പറയൂ നിങ്ങളൊരു പ്രമാണം കൊണ്ടുവരൂ സ്വാമി ഉപനിഷത്തിൽ ഇതാ പറഞ്ഞിരിക്കുന്നു ഈ ഭൂമിയെക്കുറിച്ച് ഈ പ്രപഞ്ചം എന്താണ് നരകമാണ് എന്ന് നിങ്ങൾക്ക് പ്രമാണം ഉദ്ധരിക്കാനുണ്ടായിരിക്കണം ഏതെങ്കിലും താടിക്കാർ എഴുതിയ പുസ്തകങ്ങളൊന്നും ആകാൻ പാടില്ല ഏത് താടിക്കാരനും ഏത് പ്രസ്സിൽ കൊടുത്താലും പ്രിന്റിംഗ് കാശ് കൊടുത്താൽ ആരും എന്തും അടിച്ചു അതുകൊണ്ട് അടിച്ചു വരുന്നത് സത്യമാണ് എന്ന് പറയരുത് ചിലർക്കിങ്ങനെ എന്താ പറയുക ഈ പാന കിട്ടിക്കഴിഞ്ഞാല് ഒരു ചൊറിച്ചിലാണ് ഒരാളൊരു വീട് വാടകയ്ക്ക് കൊടുക്കാൻ വീടുണ്ട് വാടകയ്ക്ക് കൊടുക്കാൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്താ ഈ വീട് താമസിക്കാൻ വരുന്നവരോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും കുട്ടികളുണ്ട് ചോദിക്കും കുട്ടികളുള്ളവർക്ക് ഞാൻ വീട് കൊടുക്കില്ല അതെന്താ കുട്ടികൾ വീട് കേടുവരുത്തും വളർത്തുന്ന നായ്ക്കളോ അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങളുണ്ടെങ്കിൽ അങ്ങനെ അത് അവർക്കും കൊടുക്കില്ല അപ്പൊ ഒരു പത്രക്കാരനാ ചെന്നത് വീടിന് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നുമില്ല ഒരു ഒറ്റ സംഗതി ഉണ്ട് ഒരു ചൊറിയുന്നൊരു പേനയുണ്ട് അത് നിങ്ങൾക്ക് കുഴപ്പാവുമോ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല എന്ന് പറയും ഏതായാലും വീട് അദ്ദേഹത്തിന് കിട്ടി അപ്പൊ ചിലരെ സംബന്ധിച്ച് ഇതിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കണം പിന്നീട് അത് പ്രമാണമായിട്ട് ആളുകൾ സ്വീകരിക്കും പലരെക്കുറിച്ചും ഇപ്പൊ നമുക്കറിയാം നിങ്ങൾ അത്ഭുതപ്പെട്ടു നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് ചെന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ലൈറ്റ് വന്നു കറണ്ട് പോയതായിരുന്നു കണ്ടോ സ്വാമിയുടെ ഒരു ചൈതന്യം മൂപ്പരെ പേരുണ്ടല്ലോ അതുപോലെ ആള് കരണ്ടില്ലായിരുന്നു കരണ്ട് വന്നു ഇതൊക്കെ എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാൽ പറയും കാരണ്ട് കണ്ടുപിടിച്ചത് നമ്മളാണ് അങ്ങനെ വരെ വ്യാഖ്യാനിച്ചു കളയും കാരണ്ട ഒരു സമയമാകുമ്പോ വരും അത് പോവും അതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ കുറച്ചു പേരെങ്കിലും യുക്തിക്ക് യുക്തിക്ക് അപ്പുറത്ത് കാര്യങ്ങളുണ്ട് പക്ഷെ കുറച്ച് യുക്തിഭദ്രമായിരിക്കണം ഈ ആശയവും ഇതിന്റെ അനുഭവവും ഇത് ഉൾക്കൊള്ളലും യുക്തിക്കപ്പുറത്ത് തന്നെയാണ് സ്വാമിക്കറിയാം പക്ഷേ ഒരു യുക്തിയും ഇല്ലാതെ ഇത്തരത്തിലുള്ള എന്തിലെങ്കിലും ഒന്നും പോയപ്പെടരുത് എന്ന് പറയാ നമ്മൾ നമ്മളെ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ ഇവിടെ പറഞ്ഞിരിക്കണം അങ്ങനെയാണ് എന്നെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ അവന്മാരും മൂടന്മാരാണ് അവരെന്നെ സ്തുതിക്കുകയല്ല അവരെന്താ ചെയ്യുന്നത് എന്നെ അപമാനിക്കുകയാണ് ഇന്ന് ഭഗവാൻ തന്നെയാണ് പറഞ്ഞിരിക്കണം വേറെ ആരുമല്ല അതുകൊണ്ട് നമ്മൾ ഭഗവാനെ അറിയേണ്ടത് ഇങ്ങനെയായിരിക്കണം ഒരു ഉറുമ്പ് നടന്നു പോകുന്ന സമയത്ത് അതാ ആ ചൈതന്യം അതിതാ ഇളകിക്കൊണ്ടിരിക്കുന്നു എന്തും ഒരു പുഷ്പത്തിൻ്റെ ഗന്ധം ഒരു നാളികേരത്തിൻ്റെ സ്വാമിജി പറയും ഒരു നാളികേര അടുക്കളയിൽ പൊതിക്കുന്ന സമയത്ത് സ്വാമിജി ഗംഭീരമായിട്ടാണ് പറയുന്നത് ആ പൊതിക്കുന്ന സമയത്ത് അത് പൊതിക്കുന്ന സമയത്ത് അതിൻ്റെ ആ പച്ച അതിൻ്റെ പുറം അതിനകത്തുള്ള നാരുകൾ അതിൻ്റെ അകത്തുള്ള ആ കട്ടിയായിട്ടുള്ള ചിരട്ട അതിൻ്റെ അകത്തുള്ള കാമ്പ് അതിൻ്റെ അകത്തുള്ള വെള്ളം ഇത്രയും മാധുര്യമാർന്ന ജലം ആ വെള്ളം അങ്ങനെ കുടിക്കുമ്പോൾ ഹോ ഇതിനകത്ത് ആരാ ഇത്രയും മധുരമായ ജലം ചേർത്ത് വെച്ചത് അല്ലെങ്കിൽ ഇതിനെത്ര ഭംഗിയായിട്ട് ആ ചകരിയെ ബന്ധിപ്പിച്ചിരിക്കുന്ന ചോറ് അല്ലേ എന്തൊരു പാക്കിങ്ങാണ് ലോകത്തിൽ ഇങ്ങനെ ഒരു ഇത് എവിടേക്ക് കൊറിയർ അയക്കാന്ന് പറയാം അതിനകത്തിരിക്കുന്നതിന് ഒന്നും സംഭവിക്കില്ല നമ്മുടെ ബോംബെയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം നിങ്ങൾക്ക് കിട്ടാറുണ്ടല്ലോ മക്കളും മരുമക്കളും ഒക്കെ അയക്കുന്നത് പാക്കറ്റ് വേറെ സാധനം വേറെ ആരാ ഈ പാക്കിംഗ് കണ്ടുപിടിച്ചത് ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കുന്നത് വെള്ളമാണ് എങ്ങനെയാണ് ഈ വെള്ളം ഇതിന്റെ അകത്തേക്ക് കയറ്റിയത് ഇത് നാം അന്വേഷിക്കുന്ന സമയത്ത് സ്വാമിജി പറയുന്നു നിങ്ങള് ഗുരുവായൂർ നടയിൽ വാഗച്ചാർത്തിന് പോയി ബഹളം ഉണ്ടാക്കി വാഗച്ചാർത്ത് തൊഴുന്ന ഫലമാണ് നിങ്ങൾക്ക് വീട്ടിൽ അടുക്കളയിലിരുന്ന ഒരു നാളികേരം പൊതിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ശ്രദ്ധ നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഒന്നിലൂടെ സൃഷ്ടാവിലേക്ക് അടുക്കുകയാണ് അപ്പൊ ഈ സൃഷ്ടിയിൽ മുഴുവൻ സൃഷ്ടാവുണ്ട് അതിൽ അധ്യക്ഷനായി നിലകൊള്ളുന്നു ഇതിൽ സൃഷ്ടാവ് എവിടെ ആ സൃഷ്ടാവിനെ നമ്മൾ അറിയാനുള്ള ഒരു ശ്രമം നട അതാണോ ചെയ്യുന്നത് അതോ നാളികാരം കിട്ടിയ ഓട് കത്ത ചട്ടിണി അല്ലെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മള് ഒരു വെട്ടുവെട്ടുമ്പോഴാണ് നമ്മുടെ കൈ മുറിയുന്നത് ഇനി ഇതങ്ങോട്ട് കലക്കിയിട്ട് വേണം ഒരു നാളികാരം പൊതിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് എന്ത് കാര്യത്തിലും അപ്പൊ ഈ സൃഷ്ടിയിലൂടെ സൃഷ്ടാവിനെ അന്വേഷിക്കുന്ന ഒരു പ്രക്രിയ അങ്ങനെ ഈ സൃഷ്ടിയിൽ നിന്ന് അന്യമായി ഏതോ ഒരാളുടെ ഏതോ കാലത്ത് ആർക്കോ ഉണ്ടായ ഒരു ദിവ്യ ഗർഭം ഈ വിദ്വാൻ ഈ വിദ്വാൻ ഇപ്പൊ എവിടെയായിരിക്കുന്നത് എവിടെയോ ഇരുന്നിട്ട് വലിയൊരു കണ്ണും വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ചിലർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് ഓരോന്ന് പിടിച്ചോ നീ കൊണ്ടുപോയിക്കോ ചിലർക്കൊക്കെ ഇടികൊടുക്കുക നീ ദുഷ്ടൻ ബ്രവാ രണ്ട് ഇടി കൊടുത്തു ഈ ഇങ്ങനെ ചെയ്യുന്ന ഒരു വിദ്വാൻ അങ്ങനെയല്ല ആരും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് അതുകൊണ്ട് ആ പണ്ട് മൂന്ന് പേര് മൂന്ന് മതസ്ഥര് അവരവരുടെ ഈശ്വരനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഒരാൾ ചോദിച്ചു ഈ ക്രിസ്തീയ സമ്പ്രദായത്തിലുള്ള ആളോട് ചോദിച്ചു എങ്ങനെയാ നിങ്ങൾ ഈശ്വരന് കൊടുക്കുന്നത് അപ്പൊ അയാൾ പറഞ്ഞു ഈശ്വരന് കൊടുക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അങ്ങനെ പള്ളിയിൽ കിട്ടും വലിയ പാത്രത്തിൽ അങ്ങനെ ഇടും ആളുകൾ കാശൊക്കെ ഇട്ടും അപ്പൊ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കിട്ടും അപ്പൊ ആ പാത്രത്തിൽ കുറച്ച് ദ്വാരങ്ങളൊക്കെ ഉണ്ട് ദ്വാരം അപ്പൊ ആ വലിയ പാത്രത്തിലിട്ട് അതിങ്ങനെ സമയത്ത് ഈ ദ്വാരത്തിലൂടെ താഴെ വീഴുന്നതൊക്കെ കർത്താവിനുള്ളതാ ഈശ്വരനുള്ള അതിലവശേഷിക്കുന്നതൊക്കെ എനിക്ക് എന്ന് പറഞ്ഞാൽ നോട്ടൊക്കെ ഇതിൽ അവശേഷിക്കും കോയിൻസൊക്കെ ഇസ്ലാം ആളോട് ചോദിച്ചു എങ്ങനെയാ നിങ്ങളുടെ ഏർപ്പാട് എങ്ങനെയാണെന്ന് വെച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ കിട്ടിയത് മുഴുവൻ എങ്ങനെയെടുക്കും എന്നിട്ട് ഒരു വരവരയ്ക്കും അവരെ വരച്ചിട്ടിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പൊക്കി അങ്ങോട്ട് ഇടും പൊക്കി ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ രണ്ട് ഭാഗത്ത് വീഴും ഇടത് ഭാഗത്ത് വിഴുന്നൊക്കെ അള്ളാവൂന് വലത് ഭാഗത്ത് വിഴുന്നതൊക്കെ എനിക്ക് അപ്പൊ ഇടുന്നത് അതിനനുസരിച്ചായിരിക്കും തിരുമേനിയോട് ചോദിച്ചു എങ്ങനെയാണ് തിരുമേനി നമ്മുടെ സമ്പ്രദായം തിരുമേനി പറഞ്ഞു വളരെ ലളിത കിട്ടുന്നത് എല്ലാം ഞാൻ മുകളിലേക്ക് ഇടും ഭഗവാൻ വേണ്ടത് ഭഗവാൻ പിടിക്കും ബാക്കിയുള്ളത് താഴേക്ക് വിടും ഒരു ചില്ലി അപ്പൊ ഇരിക്കുക മോളിലും പിടിക്കാൻ നമ്മളത് സംബന്ധിച്ച് അങ്ങനെയാ കുട്ടികളോട് അങ്ങനെയാണല്ലോ പറയുന്നത് അല്ലേ ഊപ്പർവാല ഊപ്പർവാല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിന് എവിടെയോ ഇഷ്ടിയിരിക്കുക അതായത് ഇവിടെ പറയണു അവജാനന്തി മാം മൂടാഹ മൂടാഹ അവജാനന്തി അവരെന്നെ പരിഹസിക്കുന്നു അവഹേളിക്കുന്നു അപമാനിക്കുന്നു എങ്ങനെ ഞാൻ ആരുടെയോ ഒരു മകനായിട്ട് എവിടെയോ ജനിച്ചു അവിടെ എങ്ങനെ ഞാൻ കഴിയുന്നു എന്നൊരു ഞാൻ കുറച്ച് ലീലാവിലാസങ്ങളൊക്കെ നടത്തി ഞാൻ എന്റെ സമയായപ്പോ പോയി ഇനി ഞാൻ വരും കുതിരപ്പുറത്ത് ഇങ്ങനെ കടപട കടപട കടപട കടപട ഇപ്പൊ എനിക്ക് യാതൊരു ഇടപാടും ഇല്ല എന്നാലും ഇങ്ങനെ വിളിച്ചോളാം ഭഗവാനെ ഭഗവാനെ വരൂ വരൂ വരൂ വേം വരൂ വേം വരൂ എന്നാ വരിക എന്നാ വരിക വരില്ല ഉള്ളൊരാൾക്ക് എങ്ങനെയാ വരാൻ പറ്റുക